ായൂരപ്പാനിൻ തിരുനാമമല്ലാരെ ഒരു വിടാറില്ലൊന്നും ഞാൻ മനസ്സിൽ ഒരു മാത്രയെങ്കിലും എന്നെ നിൻമാറിലേ നിയത്തുള്ള ൊന്നും ഞാൻ മനസ്സിൽ കൂരിരു പൂന്തൽ ചൊരുളാക്കിക്കെട്ടി അരിൽ കുത്തി നിറത്തിയ നീലമയിൽ പീലി കൂരിരുൾ പൂന്തൽ ചൊരുളാക്കിക്കെട്ടി ിൽ കുത്തി നിലമയിൽ തീലി നെറ്റിയൽ ചുമത്തൊടു നെറ്റിൽ ചന്ദന കുങ്കുമൊടു ചെഞ്ചൊടി തൊങ്ങലാടും മണി തുറന്നപ്പോ കണ്ടുഞ്ഞ കണ്ണിട റുട്ടി തുറന്നപ്പോ കണ്ടുഞ്ഞ പൊന്നോടക്കുരൂരും മണിവന്നനേ കായാമ്പു നിറമാർന്ന മണിവന്നനേ ഭവൻ ചരിത ഗീതാമൃത പ്രസിത കണ്ണരസായനാനി വൃന്ദാവനത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഗോപികമാരുടെയും ഗോപന്മാരുടെയും വീട്ടിലിരുന്നു കൊണ്ട് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുറാരേ ഹേ നാഥനാരായണ എന്നുള്ള ഗീതങ്ങളെല്ലാം കേട്ട് കൃഷ്ണ ഗീതങ്ങൾ കേട്ടുകൊണ്ട് മനസ്സു മുഴുവൻ കുളിർത്തുകൊണ്ട് പ്രമോദരിത ആനന്ദത്തിൽ മഗ്നനായിക്കൊണ്ട് ക്രമേണ അദ്ദേഹം ഭവൽ ഭവന സന്നിധി അന്വയാസിൽ ഭവനത്തിൽ എത്തിച്ചേർന്നു എന്നിട്ടു താവൽ ദദശപശുദോഹ വിലോകലോലം ഭക്തോത്തമാഗതിമി വാലയന്തം ഓമൻപവന്ത ബ്രഹ്മാനുഭൂതിരസമിപോദ്ധമന്ദം അങ്ങനെ അന്ന് വൈകുന്നേരം അക്രൂരൻ അമ്മാവൻ ഇങ്ങനെ വരികയാണ് വൃന്ദാവനത്തിലേക്ക് ഭഗവാൻ അമ്മ പാല് കറന്നുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ നേരത്തെ കുളിച്ച് തയ്യാറായിട്ട് ബലരാമസ്വാമി നല്ല പുത്തൻ മഞ്ഞ പട്ടൊക്കെ ധരിച്ച് ബലരാമസ്വാമി നീലപ്പട്ടൊക്കെ ധരിച്ച് രണ്ടുപേരും ഇങ്ങനെ ആരെയോ കാത്തിരിക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ നോക്കും വഴിയിലേക്ക് വരുന്നുണ്ടോ വരുന്നുണ്ടോ അപ്പൊ അമ്മ നോക്കുന്നുണ്ട് കൃഷ്ണൻ ആരെയോ നോക്കുന്നുണ്ട് ആരേ കൃഷ്ണ ആരെയെന്നൊന്നും പറഞ്ഞില്ല അങ്ങനെ ഭഗവാൻ നോക്കിക്കൊണ്ടിരിക്കെ ഭക്തോത്തമാകമതിവ ഇതാ ഭക്തോത്തമൻ വരുന്നുണ്ട് എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ എനിക്ക് ആ ബ്രഹ്മാനു ബ്രഹ്മാനന്ദാനുഭൂതിയിൽ നിമഗ്നായ അക്രൂരനമാവൻ അവിടെ വരുന്നത് ദൂരയിൽ നിന്ന് ഭഗവാൻ കണ്ടുവന്നാണ് ദൂരയിൽ നിന്ന് ഭഗവാൻ അഗ്രത മന്ദം ഭവന്തം ദർശ കണ്ടുവന്നാണ് എന്നിട്ടോ സായന്തനാപ്ലവ വിശേഷണ വിശേഷ വിവിക്തക ീത നീലരുചിരാംബരലോപനീയോ നാദിപ്രപഞ്ചദൂഷണ ചാരുവേഷോ മന്ദസ്മിതാർദ്ധവദനോ ആ അക്രൂരനമാവൻ നോക്കുന്ന സമയത്ത് ഭഗവാൻ സന്ധ്യ സന്ധ്യാസമയത്ത് സ്നാനമൊക്കെ കഴിഞ്ഞ് മഞ്ഞപ്പെട്ടുള്ളൊരു വസ്ത്രമൊക്കെ ധരിച്ച് അതുപോലെ ബലരാമസ്വാമി നീലപ്പെട്ടും ധരിച്ചുകൊണ്ട് സായന്തനാപ്ലവ വിശേഷ വിവിക്തഗാത്രോപീത നീലരുചിരാംബരലോപനീയോ രണ്ടുപേരും അതിമനോഹരമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ആഭരണങ്ങളൊക്കെ ധരിച്ച് രമ്യ വേഷങ്ങളോടുകൂടിയിട്ട് പുഞ്ചിരിയോടുകൂടി നിൽക്കുന്നു അക്രൂരം നോക്കുമ്പോണ്ട് ഒരാൾ കറുത്തിട്ട് ഒരാൾ വെളുത്തിട്ട് കറുത്തവൻ മഞ്ഞപ്പെട്ട് ധരിച്ചിരിക്കുന്നു വെളുത്തവൻ നീലപ്പെട്ട് ധരിച്ചിരിക്കുന്നു ഒരാൾ നല്ല ബൂസ്റ്റ് മറ്റൊരാൾ അത്ര തടിയൊന്നുമില്ല അത് കണ്ടിട്ട് മനസ്സ് പൂർണ്ണമായ ഭഗവാനിൽ തന്നെ ഉറപ്പിച്ചുകൊണ്ട് കുറച്ചു അവിടെ തന്നെ നിന്നുപോയതാണ് ഭഗവാനാണെങ്കിലോ ദൂരാൽ രഥാൽ സമരുവയ്ക്ക നമന്തമേനം ഉത്താത്യഭക്തകുലമൗലിമതോ ഭഗൂഹൻ അശ്വാൻമിതാക്ഷരകിര കുശലാനിയോഗി പാണിം പ്രകയ്ക്ക സമലോതഗഗൃഹം നിനീത് രഥാ സമരു നമന്തം അക്രൂര രഥത്തിൽ നിന്ന് ഇറങ്ങിയതും ഇറങ്ങിയ സ്ഥലത്ത് തന്നെ ഭഗവാനെ നോക്കിക്കൊണ്ട് നമസ്കരിച്ചു ഭഗവാൻ ഓടി ഒരു വശത്ത് അമ്മാവൻ കൂടിയാണ് ബന്ധപ്രകാരം വേറൊരു വശത്ത് തന്റെ ഭക്തനും കൂടിയാണ് ഭഗവാൻ ഇപ്പൊ അമ്മാവനായിട്ടല്ല കാണുന്നത് ഭഗവാൻ കാണുന്നത് ഭക്തനായി ഓടി വന്ന് ആലിംഗനം ചെയ്തു ഉത്താപ്യഹർഷാൽ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് ആനന്ദാശുക്കൾ വന്നു ഈ കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ടാണ് പതിനാല് വർഷം കാത്തിരുന്നത് ഈ കൃഷ്ണനെക്കുറിച്ചാണ് അന്ന് കംസൻ അശിരീരി ഈ കൃഷ്ണനെക്കുറിച്ചാണ് കംസൻ കൊട്ടാരത്തിൽ വന്ന് പറഞ്ഞത് എട്ടാമത്തെ ഗർഭം ദേവഗീദേവി പുത്രനായി വരുന്നുണ്ടെന്ന് ഇപ്പോഴിതാ വീണ്ടും നാരദമാഷി വന്ന് ഇന്ദിത ആ വൃന്ദാവനത്തിലുണ്ടെന്ന് പറഞ്ഞ കൃഷ്ണനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിരിക്കണം എത്രയോ കാലം കാത്തിരുന്ന ഭാഗ്യം ഇന്ദിത എനിക്ക് കിട്ടിയിരിക്കണം ആ പാദത്തിൽ വീണ് നമസ്കരിക്കുന്നത് താഴെ വീണ് നമസ്കരിച്ചതും ഭഗവാൻ പാണിം പ്രഹിക്കൈകൾ രണ്ടും പിടിച്ചുകൊണ്ട് കുശലാനുയോഗി കുശലങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് സബലോ ഗൃഹം നിനേത ബലരാമസ്വാമിയുടെയും ഗൃഹത്തിലേക്ക് പോയി എന്നിതോ ർച്ചംവം നിശമയ്യ വാർത്തോഷഭൂപതിഥാവിരി അങ്ങനെ നന്ദുഗോപൻ വരുന്നതിന് മുമ്പ് തന്നെ അക്രൂരമ്മാവൻ പറഞ്ഞു കൃഷ്ണ അങ്ങിക്കെല്ലാം അറിയാം സർവജ്ഞനാണ് അവിടുന്ന് ഞാൻ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശ്യം അങ്ങയ്ക്ക് വ്യക്തമാണ് കംസൻ എന്നെ പറഞ്ഞിരിക്കുന്നത് ഉത്സവത്തിന് ക്ഷണിക്കാനാണെങ്കിലും നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പുഞ്ചിരിച്ചു ഇത് നേരത്തെ എനിക്കറിയാം അമ്മാവനെ കൊല്ലേണ്ട സമയായിരിക്കണോ എന്നുള്ളത് പിന്നീട് അച്ഛനും അമ്മയും കാലാഗ്രഹത്തിലാണെന്നും യാദവന്മാരെയൊക്കെ വല്ലാതെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നെല്ലാം കേട്ടപ്പോ ബലരാമസ്വാമിക്ക് ഭയങ്കര ദേഷ്യം വന്നു ഉടനെ ഭഗവാൻ പറഞ്ഞു കൂൾഡൌൺ സമയായിട്ടില്ല ഇപ്പോഴേ ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല അങ്ങനെ ഭഗവാൻ ഇതൊന്നും അച്ഛനോട് പറയരുത് എന്ന് പറഞ്ഞു എന്തിനുവേണ്ടി പോകുന്നു ശിവരാത്രിയാണ് അവിടെ മല്ലയുദ്ധ ഉത്സവമുണ്ട് അത് കാണാൻ വേണ്ടി പോവാം എന്ന് പറഞ്ഞുകൊണ്ട് ഗോപേഷൂപതിനിഷേധകഥം നിവേദ്യ ഗോപന്മാരോടും മറ്റും ഈ കഥകളെല്ലാം പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും ഉത്സവം കാണാനായിട്ട് തയ്യാറായി അന്നവിടെ രാത്രി കഴിച്ചു കൂട്ടിയിരുന്നാണ് ചന്ദ്രാഗൃ കിമുതം രാധാഗൃവിന്ദേർത്തോ വിളംബിത ഇതി പ്രമദാ തീർച്ച ആശങ്കിതോരനാഥപായ സന്ധ്യയായി കഴിഞ്ഞാൽ കൃഷ്ണൻ അവിടേക്ക് വരും വൃന്ദാവനത്തിൽ യമുനാനദി തലത്തിലേക്ക് ബാംഗ്ലൂരിലെ ചന്ദ്രയല്ല വൃന്ദാവനത്തിലെ ഗോപികരിക്കുന്ന ചന്ദ്രയുടെ വീട്ടിലാണോ ചന്ദ്രബാഗാഗ്രഹേ ചന്ദ്രബാഗയുടെ വീട്ടിലാണോ രാധാഗ്രഹേ രാധയുടെ വീട്ടിലാണോ എവിടെയാണ് കൃഷ്ണൻ ഇപ്രകാരമെല്ലാം ഭഗവാന് എവിടെയാണെന്ന് കാണാതെ വേദനിക്കുന്ന മനസ്സുമായി ഗോപികമാരെ കാത്തിരുന്നു ഇങ്ങനെ അക്രൂരൻ വന്ന കഥ ഇവിടെ ഉപസമരിപ്പിച്ചു അക്രൂരൻ മധുരയിൽ നിന്നും ഭഗവാനെ കൂട്ടിക്കൊണ്ടുപോവാൻ കംസനിയോഗത്താൽ വരണം കംസൻ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നത് കൃഷ്ണനെ കൊല്ലാനാണ് ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിലൊരു തത്വമുണ്ട് ഓരോ കഥയും നിങ്ങൾ ചിന്തിക്കുമ്പോൾ രസമാണ് ആരാണ് ഈ കംസൻ ആരാണ് അക്രൂരൻ ആരാണ് കൃഷ്ണൻ ശാസ്ത്രദൃഷ്ടിയ നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണൻ എന്നാൽ കൃഷ്ണൻ എന്നാൽ നമ്മുടെ ആത്മാവിനെയാണ് കൃഷ്ണൻ എന്ന് പറയാം കൃഷ്ണൻ ആത്മാവ് തന്നെ അതാണല്ലോ ഭഗവാൻ പറയുന്നത് അഹം ആത്മാ ഗുഡാകേശ ഞാൻ എല്ലാവരുടെയും ആത്മാവ് തന്നെയാണ് ഈ ആത്മാവിനെ ആണ് നമ്മൾ കൈവരിക്കേണ്ടത് അത് കൈവരിക്കേണ്ടത് മനസ്സിലൂടെയാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് തന്നെയായിരിക്കണം അര് അക്രൂരെന്ന് പറയുന്നത് അതെന്താണ് മനസ്സിനെ അക്രൂരെന്ന് വിളിക്കാൻ കാരണം മനസ്സിൽ ക്രൂരതയുമുണ്ട് അക്രൂരതയുമുണ്ട് ഈശ്വരനെ മറക്കുന്ന മനസ്സ് ക്രൂര മനസ്സാണ് ഈശ്വരനെ സ്മരിക്കുന്ന മനസ്സ് അക്രൂര മനസ്സാണ് നമുക്ക് എത്ര മനോഹരം എന്തുകൊണ്ടാണ് മനസ്സ് ക്രൂരമാവുന്നത് കംസന്റെ കൂടെ നിൽക്കുമ്പോൾ കംസൻ നമ്മുടെ ശരീരം തന്നെയാണ് പ്രിയതം കാലനേമി എന്നായിരുന്നു അത്ര ഇദ്ദേഹത്തിന്റെ പൂർവനാമം കാലത്തിന് സാധനമാണ് കാലം കൊണ്ടുപോകുന്ന കാലം തന്നതും കാലം നിലനിർത്തുന്നതും കാലം കൊണ്ടുപോകുന്നതുമായൊരു സാധനമാണ് മനുഷ്യശരീരം അപ്പൊ കംസൻ എന്ന് പറയുന്ന ആരും തന്നെയായിരിക്കണം വിവേകമില്ലാത്തത് അത് ശരീരമാണ് ഹംസം എന്ന് പറഞ്ഞാൽ വിവേകമുള്ളത് കംസൻ എന്ന് പറഞ്ഞാൽ വിവേകമില്ലാത്തത് അപ്പൊ വിവേകമില്ലാത്തൊരു സാധനം അതാണ് നമ്മുടെ കാലന്റെ നിയന്ത്രണത്തിൽപ്പെട്ടിരിക്കുന്ന കാലത്തിന്റെ പിടിയിൽപ്പെട്ടിരിക്കുന്ന സാധനം തന്നെയാണ് മനുഷ്യശരീരം മനുഷ്യ ആത്മാവിനെ ഭയക്കുന്നു ഈശ്വരനെ ഭയക്കുന്നു അതുകൊണ്ടായിരിക്കാം നമുക്കൊക്കെ ഈശ്വരനോട് പ്രേമമുള്ളതിനേക്കാൾ കൂടുതൽ ഈശ്വരനിൽ ഭയമുള്ളത് പലർക്കും ദൈവത്തിൽ ഭയമാണുള്ളത് ഒരു ദിവസം നിങ്ങൾ വിളക്ക് എത്തിച്ചാൽ കെട്ടുപോയാൽ ഇനിയിപ്പോ സംഭവിക്കുക ദൈവമൊന്ന് കോപിക്കോ ചാടോ എന്നൊക്കെ ഭയങ്കര പേടിയാണത് പേടിയുള്ളവരാണ് കംസന്മാര് മനസ്സിലായി എന്താ പറഞ്ഞത് മനസ്സിൽ പേടിയുള്ളവരൊക്കെ കംസന്മാരാണ് പ്രേമുള്ളവരൊക്കെ ഗോപികളാണ് ഗോപികൾക്ക് പേടിയില്ല കൃഷ്ണന്റെ കൂടെ ചാടാനും ഓടാനും തോളിൽ കൈവയ്ക്കാനോ ചീത്ത പറയാനും പേടിയില്ല അതാണ് ഗോപികളുടെ സ്വാതന്ത്ര്യം അവരത്രമാത്രം കൃഷ്ണനുമായി ചേർന്ന് നടക്കണം ഭഗവാനിൽ നിന്ന് അകന്നു നിൽക്കുന്നവർക്ക് എന്തുള്ളൂ ഭയമുള്ളൂ അതുകൊണ്ടാണ് കംസൻ എപ്പോഴും ഭയക്കുന്നത് കൃഷ്ണരാമന്മാരെ കൊല്ലണം പേടിയുള്ളതുകൊണ്ടാണ് നമ്മൾ തിരിച്ചറിയൂ നമ്മുടെ ശരീരം ഭഗവാനെ ഭയക്കുന്നതിന് കാരണം അത് ഭഗവാനിൽ നിന്നും അകന്നു നിൽക്കുന്നു മനസ്സിലാവുന്നുണ്ടല്ലോ നമ്മുടെ മനസ്സ് തന്നെയാണ് ആര് അക്രൂരന് ഇനി ആ അക്രൂരനെ ക്രൂരനായ കംസന്റെ പിടിയിൽ നിന്നും ഭഗവാനിലേക്ക് എത്തിക്കുമ്പോ മനസ്സാരായി തീർന്നു അക്രൂരനായി തീർന്നു മനസ്സക്രൂരനായി അപ്പോഴാണ് ഭക്തൻ ഭഗവാന്റെ പരമഭക്തനായി തീരുന്നത് ഈ കഥകളൊക്കെ എവിടെയാണ് നടക്കേണ്ടത് അയ്യായിരം വർഷങ്ങൾക്കുമ്പ് നടക്കുന്ന കഥയാണോ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നടക്കേണ്ടത് കഥയാണ് അതുകൊണ്ട് കുട്ടിക്കാലത്ത് നിങ്ങളൊക്കെ ഈശ്വരനെ പേടിച്ചു വളർന്നവരാണ് അങ്ങനെയാണ് നമ്മളെ സമൂഹം വളർത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ സൌത്ത് ഇന്ത്യൻ ഭക്തി എന്ന് പറഞ്ഞാൽ ഭയഭക്തിയാണ് നോർത്ത് ഇന്ത്യക്കാർക്ക് അങ്ങനെ ഭയമില്ല അവർക്ക് വിഗ്രഹം തൊടുത്താൽ നമ്മളെപ്പോലെ ശുദ്ധാശുദ്ധങ്ങളൊന്നുമില്ല ഉണ്ടോ അവർക്ക് കെട്ടിപ്പിടിക്കാം അവർക്ക് നിങ്ങൾ കാശീലൊക്കെ പോയാൽ കൈഡു ആരോ ചെയ്യുന്നത് ചിലപ്പോൾ ശിവൻ ഉണ്ടോന്നുപോലെ സംശയവും നമുക്ക് അത്രമാത്രം അങ്ങനെയാണ് അവരുടെ ഭക്തി അവർക്ക് ഭഗവാനെ തൊടുന്നതിലൊന്നും അശുദ്ധവും നമ്മളെപ്പോലെ ശുദ്ധാതിശുദ്ധങ്ങളൊന്നും അവർക്കില്ല അവരത്രമാത്രം ഭഗവാനോട് പ്രേമത്തിൽ ജീവിക്കുന്നവരാണ് അവർക്ക് നമ്മളെപ്പോലെ അങ്ങനെ എന്താണ് ശുദ്ധാശുദ്ധങ്ങൾ അവർ നോക്കാറുമില്ല അത്രമാത്രം അവരാ തലത്തിലാണ് അവർ നിൽക്കുന്നത് നിങ്ങൾ വൃന്ദാവനത്തിലൊക്കെ പോയാൽ കേടാൻ പറ്റും ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സൗത്ത് ഇന്ത്യക്കാർക്ക് സ്ത്രീകൾ നമസ്കരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതും ദണ്ഡ നമസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തെറ്റാണ് എന്നാൽ നോർത്ത് ഇന്ത്യയിൽ അവർക്ക് അങ്ങനത്തെ ഒരു പേടിയില്ല അവർക്ക് പാപമുണ്ടോ പാപമില്ലേ നരകത്തിൽ പോവോന്ന് പ്രശ്നമില്ല അവരെ സമ്മതിച്ചൊന്നേ ഞങ്ങൾ ഭഗവാന്റെയാണ് ഭഗവാന് വേണ്ടി എന്ത് സമർപ്പണവും ചെയ്യാൻ തയ്യാറാണ് അത്ര മാത്രം അവർ ഭഗവാനോട് വളരെ പ്രോക്സിമി അടുത്തിരിക്കുന്നു പറയാണ് ക്രമേണ നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്നും ഭഗവാനോടുള്ള ഭയം അകറ്റിക്കൊണ്ടുവരാം ഭയമുള്ളോടത്തോളം കാലം നാം ഭഗവാനിൽ നിന്നും വളരെ അകലയട നിൽക്കുന്നത് ഭയത്തിന് കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല ഈശ്വരൻ നമ്മളെ ശിക്ഷിക്കുമോ എന്നുള്ള പേടിയാണ് ഈശ്വരൻ ശിക്ഷിക്കുന്നവനല്ല ഈശ്വരൻ ഉയർത്തുന്നവനാണ് ഉദ്ധരയിലും നമ്മൾ ഉയരാൻ സഹായിക്കുന്നവനാണ് ഈശ്വരനെ ഒരു ഗുരുവായി കാണണം ഭഗവാനെ നിങ്ങൾ കാര്യങ്ങൾ നടത്തിത്തരാനുള്ള ഒരാളായി കാണുമ്പോഴാണ് നിങ്ങൾക്ക് പേടി വരുന്നത് നമ്മൾ ഗുരുവായൂരപ്പനെ കാണേണ്ടത് നമ്മളെ ഉയർത്തുന്നൊരു ഗുരു ആ ഗുരുവിനറിയാം നമ്മൾ തെറ്റ് ചെയ്താലും നമ്മൾ വിവേകമില്ലാത്ത കൊണ്ടാണ് തെറ്റ് ചെയ്തത് ഗുരുവത് ക്ഷമിക്കും യഥാർത്ഥ ഗുരുക്കന്മാരെ ശിക്ഷിക്കില്ലേ യഥാർത്ഥ ഗുരുക്കന്മാർ തെറ്റ് ചെയ്താൽ പോലും ഒത്തിഷ്ഠത ജാഗ്രത എണീക്കും ഇനിയും ഇണീക്കൂ മുന്നോട്ട് പോകുമെന്ന് പറയുന്നവരാ അതാണ് ഗുരുവായൂരപ്പന്റെ ഒരു കരുണി എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഗുരുവായൂരപ്പനെ കാണാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ഭയം കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വരും അസ്ലാമെന്നുണ്ടല്ലോ ഭഗവാൻ അങ്ങനെയാണ് ഭഗവാനെ സംബന്ധിച്ചിട്ടല്ലോ പ്രേമിക്കുന്നവരുടെ കൂടിയ ഭഗവാൻ നിങ്ങൾ നിങ്ങൾ വൃന്ദാവനത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു പ്രധാന ക്ഷേത്രമാണ് ബാങ്കി ബിഹാരി ക്ഷേത്രം ബാങ്കി ബിഹാരി ക്ഷേത്രം ആ ക്ഷേത്ര ബാങ്കി ബിഹാരി പറയും അവിടെ എങ്ങനെയാണ് ഭാഷ പറയുക ആ ക്ഷേത്രത്തിൽ ഉള്ള ഭഗവാന്റെ പ്രതിഷ്ഠ ആ പ്രതിഷ്ഠയുടെ ദർശനം കിട്ടിയ ഒരു മഹാത്മാവായിരുന്നു ഹരിദാസ്വാമികൾ ഹരിദാസ്വാമികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൌത്ത് ഇന്ത്യയിലുള്ള ഹരിദാസ് ആയിരുന്നില്ല അദ്ദേഹം അക്ബറുടെ ഒരു ആസ്ഥാന കവിനായിരുന്നു ടാസൻ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നു ഹരിദാസ്വാമിയ അത്രമാത്രം കൃഷ്ണഭക്തിയിൽ മുഴുകിയൊരു മഹാത്മാവ് വൃന്ദാവനത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം ഉണ്ടായത് ടാസൻ തന്റെ സംഗീതത്താൽ മഴ പറയുന്നത് അക്ബർ ഒരിക്കൽ ടാർസന്റെ പാട്ടുകേട്ട് കണ്ണ് കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്ന് അദ്ദേഹത്തിനോട് എന്തോ പവിഴമാലി എന്തോ സമ്മാനിച്ചപ്പോ പറഞ്ഞോ അങ്ങയുടെ പാട്ടുണ്ടല്ലോ ഇന്ന് ലോകത്തിൽ ഈ കഴിവ് ആർക്കും ഉണ്ടെന്ന് തോന്നില്ലായിരുന്നു ഇത് കേട്ടപ്പോ അക്ബർക്ക് മാല തിരിച്ചു പറഞ്ഞു എന്റെ ഗുരുവിന്റെ മുന്നിൽ ഞാനൊന്നുമല്ല പാരാണ് ഗുരു എന്ന് ചോദിച്ചു ഹരിദാസ്വാമിയാണ് കൊണ്ടുവരുമെന്ന് സാധ്യമല്ലാന്ന് കാരണം കൃഷ്ണനിൽ അർപ്പിച്ചുപോയി കൃഷ്ണനിൽ അർപ്പിച്ച അദ്ദേഹം ഇനി എങ്ങോട്ടും വരില്ല ശരീരം വൃന്ദാവനത്തിലും മനസ്സ് കൃഷ്ണനിലുമാണ് അപ്പോ ഹരിദാസ്വാമികളെ കാണാൻ വേണ്ടി അക്ബർ പോയി എന്നാണ് ആ അക്ബർ പോയി നമസ്കരിച്ചു അത്ര ഹരിദാസ്വാമികളെ ഉടുത്തമുണ്ടും കയ്യിലൊരു ഉപകരണം സംഗീതപ്പ ഹരേ രാമനാമജീവിക്കാനുള്ളൊരു ഉപകരണം അങ്ങനെ ലയിക്കുമായിരുന്നു അത്ര ആ ഹരിദാസ്വാമികൾ അദ്ദേഹത്തിന് പണ്ടൊരു ഓരോരുത്തർക്കും ഓരോ അന്ധവിശ്വാസങ്ങൾ ഉണ്ടാവുമല്ലോ അദ്ദേഹത്തിനൊരു അന്ധവിശ്വാസമല്ലേ അദ്ദേഹത്തിന്റെ അന്ധവിശ്വാസം എന്ന് വെച്ചാൽ ഇന്നത്തെ പോലെ ടോയ്ലറ്റൊന്നുമില്ലല്ലോ അന്ന് പുറത്തു പോകുന്ന കാലമല്ലേ പഴയകാലം ഇദ്ദേഹം ടോയ്ലറ്റിൽ പോകുമ്പോൾ നാവ് കടിച്ചു വയ്ക്കും മടക്കി കടിച്ചുവയ്ക്കും എന്തിനാണെന്ന് വെച്ചാൽ അല്ലാത്ത സമയത്തൊക്കെ ഇദ്ദേഹത്തിന്റെ മനസ്സിങ്ങനെ നാവും മനസ്സും രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേകൃഷ്ണ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും അപ്പൊ നാവ് കടിക്കുന്നതെന്ന് വെച്ചാൽ മലമൂത്ര വിസർജനം ചെയ്യുമ്പോ നാമം അശുദ്ധമാവരുത് അങ്ങനെ കാലം മുന്നോട്ട് പോയപ്പോ ഒരു അഞ്ചു വയസ്സുള്ള ഒരു കുട്ടി ഒരു സന്യാസി അവിടെ കൊണ്ടാക്കി അതായത് ഒരു ആശ്രമത്തിൽ വന്ന അപ്പൊ ആരായി കുട്ടി എന്നൊക്കെ ചോദിച്ചോ പറഞ്ഞു അച്ഛനും അമ്മയും കുട്ടിക്കാണെങ്കിൽ ആത്മീയ സംസ്കാരമുണ്ട് അപ്പൊ ഒരു ഗുരുവിനെ അന്വേഷിച്ച് നടക്കുകയാണ് പങ്ങയുടെ അടുത്ത് ഞാൻ സ്വപ്നത്തിൽ ഞാൻ കണ്ടത് അതുകൊണ്ട് അങ്ങ് നോക്കണം എന്ന് അപ്പോ കുട്ടിയെതിരെ മഹാത്മാവിനെ പരിചരിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന് കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കും പക്ഷേ അജിച്ചു കൊണ്ടുവരും കൊടുക്കും ഒരു ദിവസം ഈ കുട്ടി ഹരിദാസ്വാമികളോട് ചോദിച്ചു അങ്ങീ നാവ് കടിച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ടോയ്ലറ്റിൽ പോണത് അയ്യോ ഭഗവാന്റെ നാമം അശുദ്ധമാവാൻ പാടില്ല അതങ്ങനെ ജപിക്കാൻ പാടില്ല അപ്പൊ ഈ കുട്ടി ചോദിക്കുകയാണത്രേ ഒരു പക്ഷേ അങ്ങ് ടോയ്ലറ്റിൽ പോകുമ്പോഴാണ് പ്രാണൻ പോകുന്നതെങ്കിൽ ജീവൻ പോകുന്നതെങ്കിൽ ആരെ സ്മരിച്ച് മരിക്കുന്നതാണെങ്കിൽ ഇഷ്ടമെന്ന് ആരെ വിളിച്ച് മരിക്കുന്നതാണെങ്കിൽ ഇഷ്ടമെന്ന് അപ്പോ ഉത്തരവില്ല ഭഗവാന്റെ നാമാണ് ജവിക്കേണ്ടത് പക്ഷേ ഭഗവാന്റെ നാമം ആ സമയത്ത് ചൊല്ലുന്നത് തെറ്റല്ലേന്ന് ഉടനെ പറയാണ് ഭഗവാൻ തെറ്റും ശരിയല്ല നോക്കുന്നത് ഭഗവാൻ നോക്കുന്നത് സമർപ്പണമാണ് ആ സമയത്ത് നമ്മുടെ മനസ്സ് ഭഗവാനിൽ അർപ്പിക്കണം അതല്ലേ ശാസ്ത്രങ്ങൾ പറയുന്നത് ഇത് കേട്ട പദ്ധതിന് മനസ്സിലായി ശരിയാണ് ഈ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് ഞാൻ എന്റെ മനസ്സ് സമർപ്പിക്കുന്നില്ല ഞാൻ എന്റെ നാമം സമർപ്പിക്കുന്നില്ല അപ്പൊ ഞാൻ ഭഗവാനിന് അകന്നു നിൽക്കില്ലേ കുട്ടി പറഞ്ഞതാ ശരി ഏതായാലും അദ്ദേഹം നാമം ജപിച്ചുകൊണ്ട് പോയി എന്നാണെന്ന് തിരിച്ചു വന്നപ്പോ കുട്ടിയെ കാണാനുമില്ല അന്ന് അദ്ദേഹത്തിന് സ്വപ്നദർശനം കിട്ടിയെന്നാണ് ഇത് പറയാൻ ഞാൻ വന്നതാണ് അങ്ങേടെടുത്തതെന്ന് എനിക്ക് ദോഷങ്ങളൊന്നുമില്ല നിങ്ങളെന്നെ ഭയത്തോടുകൂടി ഭജിക്കരുത് നിങ്ങളെന്നെ പ്രേമത്തോടുകൂടി സമർപ്പിക്കൂ എനിക്ക് തെറ്റും ശരിയൊന്നുമില്ല എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എന്നെ ഭജിക്കാം ഇത് പറയാൻ വേണ്ടി ഞാൻ സേവിച്ചുവെന്നാണ് അങ്ങനെ അദ്ദേഹം പിന്നീട് അദ്ദേഹം സമാധിയിരിക്കുന്നത് മധുരയിൽ വൃന്ദാവനത്തിൽ ഭഗവാൻ രാസനിയിലെ ആടി എന്ന് പറയുന്ന സ്ഥലത്താണ് പൊതുവെ അവിടെ മനുഷ്യർ രാത്രിയിൽ പോവില്ല പലരും പോയിട്ട് കണ്ണുപോയി എന്നൊക്കെയാണ് കഥ ഇദ്ദേഹം അവിടെ തന്നെ ഇരുന്നുവെന്നാണ് ഇദ്ദേഹം പറയുകയാണത്രേ എനിക്ക് കണ്ണുപോയാലും കുഴപ്പമില്ല കാരണം എന്റെ കൂടെ അവിടെ ഇരുന്നുകൊണ്ട് സമാധി എന്നാണ് പേടിച്ചതേയില്ല ഭഗവാന്റെ ആ ഒരു അനുഭൂതി അനുഭവിച്ച് അദ്ദേഹത്തിന് ഭഗവാൻ ദർശനം കൊടുത്തു ആ ദർശനത്തിൽ കണ്ട രൂപമാണത്രേ ഈ ബാങ്കി ബിഹാരി ക്ഷേത്രത്തിലെ പ്രതിമ എന്ന് പറയുന്നത് വിഗ്രഹം എന്ന് പറയുന്നത് അങ്ങനെ ഹരിദാസ്വാമികളെ പോലുള്ള മഹാത്മാക്കൾ അത്രയും ഭഗവാനോടടുത്ത മഹാത്മാക്കള് ഭഗവാൻ പ്രേമഭക്തി പഠിപ്പിച്ച മഹാത്മാക്കൾ അവരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഭഗവാൻ നമ്മളെ ശിക്ഷിക്കുന്നവനല്ല ഭഗവാൻ നമ്മളെ ഉയർത്തുന്നവനാണ് മനസ്സിലാക്കിവെക്കൂ അപ്പൊ നമ്മുടെ മനസ്സ് തന്നെയായിരിക്കണം ഏത് അക്രൂരമായത് അതിനെ നമ്മൾ ഭഗവാനിലേക്ക് എത്തിക്കണം എന്ന് പറയുന്നത് എന്നിട്ടോ അക്രൂരും അവിടെ വന്ന് പിന്നീട് ഭഗവാനെ മധുരയിലേക്ക് കൊണ്ടുപോകുന്ന കഥയാണ് എഴുപത്തിമൂന്നാമത്തെ ദശകത്തിൽ മധുരാഗമനം എന്ന് പറയുന്ന ഭാഗം നിശമയം കഥ സമവേദാപരിദേവിധാന്യകുറുവൻ ജ്ഞാനവാർത്താം നിശമയ്യ ഭഗവാൻ മധുരയിലേക്ക് പോവാണ് എന്ന വാർത്ത വൃന്ദാവനത്തിൽ അങ്ങോട്ട് പരന്നപ്പോ പാവം ഗോപിയമാര് പശുപാലപാലികാജമാ തങ്ങൾക്ക് കിട്ടിയ ആ സമ്പത്ത് നഷ്ടപ്പെടുന്നതിന് അങ്ങേയറ്റം വേദന പൂട്ടു പതിനാല് വർഷം കൃഷ്ണൻ ആ വൃന്ദാവനത്തിൽ താമസിച്ചെന്ന് മാത്രമല്ല ഗോപിയമാരുടെ ഹൃദയം മുഴുവൻ അപഹരിച്ചു അത്രയും പ്രേമവും വാത്സല്യവും സ്നേഹവും അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാൾ ഇൻവോൾവ് ചെയ്തിട്ട് പെട്ടെന്ന് അയാൾ പോയാൽ ഏതൊരു മനുഷ്യനും വേദന വരും ഗോപികമാർക്കാണെങ്കിലോ കൃഷ്ണൻ സർവസ്വമായിരുന്നു ഒരു അവരുടെ കാമത്തെ തീർത്ഥവൻ വേറൊരു അവരെ പ്രേമത്താൽ ഉയർത്തിയവൻ വേറൊരു അവരുടെ സമൂഹത്തെ രക്ഷിക്കുന്നവൻ അവർക്കൊരു നേതൃത്വം കൊടുക്കുന്നവൻ അവരെ പല രീതിയിലും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവരെ സംസ്കാരമുള്ളവരാക്കി തീർക്കുന്നവൻ അവർക്കെല്ലാം കൊണ്ടും കൃഷ്ണൻ ഒരു ദൈവം എന്ന് മാത്രമല്ല സകലതുമായിരുന്നു മാതാച്ച പിതാച്ച എല്ലാം സർവമായിരുന്നു ആ കൃഷ്ണൻ പോവുന്നത് സഹിക്കാനുള്ള കഴിവ് ഗോപികമാർക്കുണ്ടായില്ല അവരോ ആർത്ത ഇരുന്ന് ദുഃഖിക്കാൻ തുടങ്ങി സമവേദായുധം കിം അവരിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി ഇതെന്തിനാണ് ഇതെന്തിനാണ് ഭഗവാൻ ഇങ്ങനെ പോവുന്നത് ഇതെങ്ങനെ സംഭവിച്ചു കൃഷ്ണൻ പോവുന്നതിനുള്ള ദുഃഖത്തിൽ അവർക്ക് സഹിക്കാൻ പറ്റിയില്ല ഇതെങ്ങനെ സംഭവിച്ചു എന്തിന് ഭഗവാൻ പോവണം ഈ മധുരയിൽ തന്നെ വൃന്ദാവനത്തിൽ തന്നെ താമസിച്ചാൽ പോരെ ഭഗവാനെ വിടാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വിടാൻ അവർക്ക് സാധിക്കാതെ വന്നു അത്രമാത്രം ആ ഭക്തി എല്ലായിരുന്നു പറയുന്നത് എന്നിട്ട് അവർ പറയുന്നു കരുണാനിതിരേഷു നന്ദസൂനോ കഥമസ്മാൻ ദൈവമേവമാസേ രുണാവിധിയായിരിക്കുന്ന കൃഷ്ണൻ ഗുരുവായൂരപ്പൻ നന്ദസോനു അനന്യനാഥാസ്മാൻ കഥം വിസ് ചെയ്ത് മറ്റാരും ശരണമില്ലാത്ത മറ്റാരും ഗതിയില്ലാത്ത നമ്മളെങ്ങനെ ഉപേക്ഷിക്കും ഇത് ഗോപികമാര് പറയുമ്പോ അവര് കൃഷ്ണന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചവരാണ് അവര് പറയുന്നുണ്ടല്ലോ പതിസുതാൻവയ അതിവിലങ്കുതാഗത ഭർത്താവിനെയും മക്കളെയും വീടും എല്ലാം മനസ്സുകൊണ്ട് വിട്ട് കൃഷ്ണനെ തന്നെ ശരണം പ്രാപിച്ചിരിക്കുന്ന കൃഷ്ണനെ തന്നെ ആശ്രയം കണ്ടെത്തിയിരിക്കുന്ന ഗോപികമാര് പറയുന്നു അങ്ങും കൂടെ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയാൽ ഈ അനാഥകൾക്ക് ആരാണുള്ളത് അസ്മാൻ കഥം വിസജി എങ്ങനെ ഉപേക്ഷിക്കും കൃഷ്ണ ദൈവം അവിടുത്തെ ഞങ്ങളുടെ സർവസ്വവുമല്ലേ എന്നിങ്ങനെ അവരിങ്ങനെ മനസ്സുകൊണ്ട് വിലേവനും കരയാൻ തുടങ്ങിയത് പറയാണ് എന്നിട്ടോ ഹരേ പ്രതിഷ്ഠമാന സഹപിത്ര നിജമിത്രമണ്ഡലൈശരിതാപരം നിദംബിനേന ശമൈഷ്യൻ വേജ സഹായമേകം ചരമപ്രഹരെ സന്ധ്യാസമയാവാറായപ്പോഴാണ് ഭഗവാൻ പിത്ര നിജപിത്രമണ്ഡലേ സഹ പ്രതിഷ്ഠമാന ഭഗവാൻ മിത്രങ്ങളോടും അച്ഛനോടും കൂടെ അവിടെ നിന്ന് യാത്രയായത് സന്ധ്യായ സമയം കുറെ വൈകുന്നേരമായപ്പോഴാവും അവര് പുറപ്പെട്ടിട്ടുണ്ടാവുക ഭഗവാനാണെങ്കിലോ ഗോപികമാരെല്ലാം ഭഗവാനെ തടയണമായി അത്യ അവര് അക്രൂരെ ശപിക്കാൻ തുടങ്ങി ആരാ ഇവന് അക്രൂരെന്ന് പേരിട്ടത് ശരിക്കും ഇവന്റെ പേരിന്റെ കൂടെ ഒരു അക്ഷരം ചേർക്കേണ്ടതായിരുന്നു തോന്നും എന്താണത്ര ഒരു അക്ഷരം തീതുള്ള അക്ഷരം കൂട്ടണം എന്ന് എന്റെ ആളുടെ സ്വഭാവം തീ പോലെയാണോ ആ തീത് എവിടെ ചേർക്കണം ആ കഴിഞ്ഞ കൊണ്ടെ അപ്പൊ ഇവന്റെ പേര് അതിക്രൂരനായി പോകും അല്ലെങ്കിൽ അന്നുള്ള അക്ഷരം ഒഴിവാക്കിയാലും മതി ക്രൂരനാണിവൻ കാരണം നമ്മുടെ നന്ദസൂര്യൂരുവിനെ അപഹരിച്ചു കൊണ്ടുപോകല്ലേ നമ്മളിൽ നിന്ന് അതുകൊണ്ട് ഇവൻ നല്ലവനല്ല എന്നെല്ലാം മനസ്സുകൊണ്ട് അക്രൂരെ ശപിച്ചുകൊണ്ടും ഭഗവാനെ തടയണം എന്നവർ നിശ്ചയിച്ചു അപ്പോഴാണ് രാധയാണത്ര പറയുക ഭഗവാന്റെ ദുഃഖം നമ്മുടെ ദുഃഖമാവണം ഭഗവാന്റെ സന്തോഷം നമ്മുടെ സന്തോഷമാവണം ഭഗവാന് മധുരയിലേക്ക് പോകുന്നത് സന്തോഷമാണെങ്കിൽ നാമ ഭഗവാന്റെ സന്തോഷത്തിൽ പങ്കുചേരുന്നത് ഭഗവാനെ നമ്മൾ പോവാൻ അനുവദിക്കാതിരിക്കുന്നതല്ല ഭക്തി സ്വതന്ത്രമാക്കുന്നതാണ് ഭക്തി നമ്മൾ ഈ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരാളെയും പ്രൊസസ് ചെയ്യുന്നതല്ല സ്നേഹം അവരെ ഫ്രീ ആക്കുന്നതാണ് നമ്മൾ ഒരാളെ പ്രൊസസ് ചെയ്യുന്നു അത് സ്വാർത്ഥ സ്നേഹമാണ് കാര്യം നേടാനുള്ള സ്നേഹമാണ് നമ്മൾ ഒരാളെയും നമ്മുടേതെന്ന് സ്വന്തമാക്കരുത് ഇവിടെ നമ്മൾ സ്വന്തമാക്കേണ്ടതൊന്ന് എന്ത് മാത്രമേ ഉള്ളൂ ഭഗവാൻ മാത്രമേയുള്ളൂ അത് നമ്മൾ ഉറപ്പിച്ചു വെച്ചാൽ അത് സ്വാർത്ഥഭക്തിയാണെങ്കിലും ആ സ്വാർത്ഥത നമ്മളെ ഈശ്വരനിലേക്ക് തന്നെ ലയിപ്പിക്കും മറ്റത് നമ്മളെ ദുഃഖത്തിലേക്ക് നയിക്കും അതുകൊണ്ടാണ് ദ മോർ യു പ്രൊസസ് എ പേഴ്സൺ നിങ്ങൾ അത്രയും നിങ്ങൾ അയാളെ അയാൾ കാരണം ദുഃഖിക്കാൻ ബാധ്യസ്ഥനാണ് നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നു അവരായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ വിഷമങ്ങൾ തരുന്നത് ദ മോർ യു മേക്ക് യുവർ മൈൻഡ് ഫ്രീ നീ എത്ര മനസ്സിനെ ഫ്രീ ആക്കുന്നു അത്രമാത്രം ആർക്കും നിങ്ങളെ വേദനിപ്പിക്കാൻ സാധ്യമല്ല സോൾ യു ഡിസൈഡിഡ് നിങ്ങളാണ് തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് പുറത്തു കിടക്കാം മാർഗ്ഗമേ ഉള്ളൂ മനസ്സിന്റെ സിദ്ധാന്തം പഠിച്ചു വെക്കണം എന്താ മനസ്സിന്റെ സിദ്ധാന്തം ഈശ്വരനോട് അടുക്കും തോറും മനസ്സ് ലോകത്തിൽ നിന്നും അകലും മനസ്സ് ഈശ്വരനിൽ നിന്ന് അകലും തോറും ലോകത്തോട് അടുക്കും നമ്മുടെ കാലുകൾ നോക്കൂ നിങ്ങൾ ഒരു ഭാഗത്ത് തോന്നിയാൽ മറ്റേ കാലം നിങ്ങൾക്ക് ഫ്രീയാക്കാം രണ്ടു കാലം ഒരുമിച്ച് നിങ്ങൾ നടക്കുമ്പം എടുക്കാൻ പറ്റില്ല ഒന്ന് ഉറപ്പിച്ചിട്ട് വേണം മറ്റേ കാലിൽ വെക്കാം ഇതുപോലെ നമ്മൾ ഈശ്വരനിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ നിന്നും കാലിനെ ഉയർത്താം അതല്ല നിങ്ങൾ ഈശ്വരനല്ല കാലുറപ്പിച്ചതെങ്കിൽ കാലെപ്പോഴും നിൽക്കുന്നത് ലോകത്തിലായിരിക്കും ഇത് നമ്മുടെ മനസ്സിന്റെ ഒരു സ്വഭാവമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ മനസ്സിനെ നമ്മൾ ഒന്ന് ഉയർത്തണമെന്ന് പറയാണ് ഇപ്രകാരം ആ ഗോപികമാർക്ക് മനസ്സിലായി എന്നിട്ടോ അവര് മനസ്സുകൊണ്ട് പറയുന്നു അജിരാമിസോ സംഗമശ്രീ അമൃതാമുതമിത്യാ അങ്ങനെ ദുഃഖിക്കുന്ന ആ ഗോപികമാരുടെ അടുത്തേക്ക് ഭഗവാൻ ഒരു ദൂതനെ പറഞ്ഞയച്ചു എന്നിട്ട് പറയാന് അജിരാതുപയാമിത നിധിമ്പോ ഞാൻ വൈകാതെ തന്നെ തിരിച്ചുവരുന്നുണ്ട് ഗോപികമാരെ നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ മയൈവ സംഗമസ് നിങ്ങൾക്ക് എന്നോട് തന്നെ ചേരാൻ സാധിക്കും എന്നിപ്രകാരം അമൃതാംബു നിതു നിങ്ങളെ അമൃതത്തിൽ തന്നെ നിങ്ങളെ നിമജ്ജയിച്ച് ഞാൻ നിറച്ചുകൊള്ളാം മുങ്ങിക്കുളിപ്പിച്ചുകൊള്ളാം എന്നിങ്ങനെ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഭഗവാൻ അവിടെ നിന്ന് അക്രൂരമ്മാവിന്റെ കൂടെ യാത്രയായി സവിഷാദപരം ഫയാഞ്ചു അതിദൂരം വനിതാഭിരക്ഷ്യമാണ് മൃദുദാത്തിശിപാതയൻ സഫലോക്രൂരരഥേന നിർഗതൂ ഭ ഗോപസ്ത്രീകൾ ഭഗവാൻ പോകുന്നത് കണ്ട് ഭഗവാനെ തന്നെ ഇങ്ങനെ ഉറ്റുനോക്കുന്നുണ്ട് ഭഗവാൻ കുറെ ദൂരെ തിരിഞ്ഞു നോക്കി അതിദൂരമീക്ഷമാണ് ഭഗവാൻ വിഷമമായി പാവം ഗോപിയന്മാര് അവർക്ക് തന്റെ യാത്ര ഒരിക്കലും സഹിക്കാൻ സാധിക്കുന്നില്ല മനസ്സുകൊണ്ട് അവരേക്ക് അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ അക്രൂരതേന നിർഗത അക്രൂരുടെ രഥത്തിൽ കയറിക്കൊണ്ട് മുന്നോട്ടുപോയി അങ്ങനെ പതിനാല് വർഷത്തെ ബന്ധം ഭഗവാൻ വിച്ഛേദിച്ചു ഭഗവാൻ പതിനാല് വർഷം വൃന്ദാവനത്തിൽ താമസിച്ചു പിന്നീട് ഭഗവാൻ ഒരിക്കലും എങ്ങോട്ട് പോകുന്നില്ല വൃന്ദാവനത്തിൽ പതിനാല് വർഷം മതി ഇന്നും നിങ്ങൾ നോക്കൂ ആ വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ ഭഗവാന്റെ ആ ഒരു സാന്നിധ്യ അനുഭൂതി നമുക്ക് കാണാൻ സാധിക്കും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറിൽ ഇടമുറിയാതെ ഹരേ രാമ ഹരേ രാമ രാമ രാമ ഹരേ ഹരേ എന്ന മന്ത്രം മുഴങ്ങുന്ന ഒരു പവിത്ര ഭൂമിയാണ് വൃന്ദാവനം ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ വൃന്ദാവനത്തെ നടന്ന് പരിക്രമ ചെയ്യും ഇന്നും ലക്ഷക്കണക്കിനാളുകൾ ഗോവർദ്ധനത്തെ പരിക്രമ ചെയ്യും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണിത് ഭാരതത്തിലെ ഗംഭീരന്മാരായിട്ടുള്ള ആചാര്യന്മാര് സമാധിയായത് ഈ വൃന്ദാവനത്തിലാണ് നേരത്തെ പറഞ്ഞ ഹരിദാസ്വാമികള് അതിനുശേഷം വില്ലുമംഗലം സ്വാമികള് ഗുരുവായൂരപ്പന്റെ വലിയ ഭക്തൻ സമാധിയാവുന്നത് അവിടെ വച്ചിട്ടാണ് എന്തിനേറെ ശ്രീകൃഷ്ണ ഭഗവാനെ തന്റെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന ഒരാളായിരുന്നു ഗീതാഗോവിന്ദം എഴുതിയ ജയദേവ മഹാകവി തന്റെ ഭാര്യയ്ക്ക് പോലും കൃഷ്ണ ദർശനം സാധിച്ചു കൊടുത്തു നഗ്ന നേത്രത്തെക്കൊണ്ട് കൃഷ്ണനെ കാണിച്ചു കൊടുത്തു അതും തന്റെ രൂപത്തിൽ കാണിച്ചു കൊടുത്തു ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗീതാഗോമിന്തോ അപ്പൊ അതിലൊരു വരികൾ എഴുതി എന്ത് ഭഗവാൻ രാധയുടെ കാലു പിടിച്ചു കൊണ്ട് രാവിലെ എണീറ്റുടനെ ഒന്ന് ഫ്രഷായിട്ട് എഴുതാൻ തുടങ്ങിയതാണ് അപ്പൊ അദ്ദേഹത്തിന് തോന്നി ചേ രാധയുടെ കാൽ കൃഷ്ണൻ പിടിക്കുകയും കൃഷ്ണൻ ഇങ്ങനെ ചീപ്പാവാൻ പാടില്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ ഭാവനയാണ് അതാണ് എഴുതിയത് ഉടനെ തന്നെ അദ്ദേഹം ആ വരികൾ വെട്ടി കൃഷ്ണൻ അങ്ങനെ രാധയുടെ കാലൊന്നും പിടിക്കില്ല രാധ കൃഷ്ണന്റെ കാലിൽ പിടിച്ചാലും കൃഷ്ണൻ രാധയുടെ കാലിൽ പിടിക്കില്ല അദ്ദേഹം ആ വരികളൊക്കെ വെട്ടിയിട്ടിട്ട് ഇദ്ദേഹം എണ്ണയൊക്കെ തേച്ച് യമുനയിൽ കുളിക്കാൻ പോയി യമുനാ തീരത്താണ് ഇതേ എഴുതുന്നത് അങ്ങനെയാണല്ലോ അദ്ദേഹത്തിന്റെ തുടങ്ങുന്നത് കുളിയൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹം വരുന്നതിനു മുമ്പ് എണ്ണ തേച്ച് ഇദ്ദേഹം തിരിച്ചു വരുന്നു എന്നിട്ട് തിരിച്ചു വന്ന് ഒരു ഗ്ലാസ് വെള്ളം തരാൻ പറഞ്ഞു അപ്പൊ പത്നി വെച്ച് എന്താവോ പെട്ടെന്ന് തന്നെ ഏ ഒരു വരി അവിടെ എഴുതി വെക്കണമെന്ന് മനസ്സിൽ തോന്നി എന്നിട്ട് വേണം കുളിക്കാൻ വില്ലമംഗല സ്വാമികളെ തിരിച്ചു വന്ന് ആ വരികൾ എഴുതി തെറ്റിട്ടിയ തെറ്റിച്ച വരികൾ തിരിച്ചെഴുതി എന്നിട്ട് അദ്ദേഹം ഗ്ലാസ് വെള്ളവും കുടിച്ചുകൊണ്ട് അവിടുന്ന് പോയി കുറച്ചു കഴിഞ്ഞു പുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വില്ലമംഗല സ്വാമികള് ജയദേവ് കഥ മാറിപ്പോയി അപ്പോ അദ്ദേഹം എഴുതിയ തന്റെ ഗ്രന്ഥെടുത്ത് പോയി നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടെന്ന് ഉറപ്പായി എനിക്കിതെറ്റിയാലും കുഴപ്പമില്ല അദ്ദേഹം ഒന്ന് നോക്കുമ്പോണ്ട് താൻ കിട്ടിയ വരികൾ വീണ്ടും എഴുതി ചേർത്തിരിക്കണോ ഭാര്യയോട് വെച്ച് ധാര എഴുതിയത് യ് നിങ്ങളിപ്പോ കുളിക്കാൻ പോയ ആള് ഇത് എഴുതിയിട്ട് വേണം വീണ്ടും കുളിക്കുക എന്ന് പറഞ്ഞിട്ട് വന്ന് എഴുതിയത് ഞാൻ കണ്ടതല്ലേ എന്റെ കയ്യിൽ നിന്ന് ഒരു ആ പേന എടുത്തു നോക്കൂ നിങ്ങളുടെ കൈയിലുള്ള എണ്ണ അതിൽ പതിഞ്ഞിട്ടുണ്ടല്ലോ ഇദ്ദേഹം വാസനിക്കുമ്പോ കസ്തൂരിയുടെ വാസന അനുഭവിച്ചു ഉടനെ അദ്ദേഹം ഭാര്യയുടെ പാദങ്ങളിൽ വീണത്തുള്ളു ഞാൻ നമസ്കരിക്കുകയാണ് എന്താണെന്ന് കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീര് വരുന്നുണ്ട് ഞാൻ രാധാകൃഷ്ണന്മാരെക്കുറിച്ച് എഴുതി നീ കൃഷ്ണനെ കണ്ടു പ്രിയാണ് ഇന്ന് നീ രാധയാണ് പ്രിയാണ് തന്റെ പത്നി രാധയായതുകൊണ്ടാണ് പത്നിക്ക് കൃഷ്ണന്റെ ദർശനം സാധ്യമായി തീർന്നത് ഞാൻ ഭാഗ്യവാനായില്ല ജയദേവർക്ക് കൃഷ്ണനെ മനസ്സിലൂടെ കാണാൻ സാധിച്ചു അദ്ദേഹത്തിന്റെ പത്നിക്ക് കണ്ണിലൂടെ കാണാൻ സാധിച്ചു അത് കാരണം ജയദേവന് തന്നെയാണ് അദ്ദേഹത്തിന്റെ സമാധി മീരാബായിയുടെ സമാധി പിന്നീട് അനവധി അനവധി സജ്ജനങ്ങളുടെ സമാധി നിങ്ങൾ കേട്ടിട്ടുണ്ടാം വൃന്ദാവനം ഇന്ന് നിങ്ങൾ കാണുന്ന വൃന്ദാവനം ഈ രീതിയിലാക്കിത്തീർത്തത് ചൈതന്യ മഹാപ്രഭുവാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം എവിടേക്കാണ് കൃഷ്ണലീലകൾ നടന്നതെന്ന് ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊടുത്തത് അങ്ങനെ വൃന്ദാവനം കൃഷ്ണലീലകൾ നടന്ന ഭഗവാൻ ഗോപിയമാന്റെ വസ്ത്രം അപഹരിച്ച സ്ഥലം കാളിയവർദ്ധനമാടിയ സ്ഥലം കേശിയെ വധിച്ച കേശവനായി തീർന്ന സ്ഥലം പിന്നീട് ഭഗവാൻ ഗോപസ്ത്രീകളുമായി രാസലീലയാടിയ സ്ഥലം ഭഗവാൻ ഉരൽ വലിച്ച സ്ഥലം ഇങ്ങനെ ഭഗവാന്റെ ലീലകളാടിയ ഓരോ സ്ഥലവും ചൈതന്യ മഹാപ്രഭു ശിഷ്യന്മാർക്ക് കാണിച്ചുകൊടുത്ത് ആ സ്ഥലം പിന്നീട് ആ പേരിൽ അറിയപ്പെട്ട് അങ്ങനെയാണ് ഇന്നത്തെ ബൃന്ദാവന നിങ്ങൾ കാണുന്നത് അപ്രകാരം അദ്ദേഹത്തിന്റെ ആറ് ശിഷ്യന്മാർ രൂപ് ഗോസ്വാമി തുടങ്ങിയിട്ടുള്ള ഗോസ്വാമിമാരെല്ലാം അവരെല്ലാം സമാധിയായത് അവസാനം പവിത്രമായ ബൃന്ദാവന അത്രയോ അവിടെ വന്ന് തപസ് ചെയ്ത് അനുഗ്രഹീതരായിട്ടുണ്ട് അവിടെ നിന്ന് ഭഗവാൻ പതിനാല് വർഷം അവിടെ ലീലകളാടി ഗോപിയമാരുടെ ഹൃദയത്തെ തന്റെ ആത്മസ്വരൂപത്തിന്റെ സാന്നിധ്യം വരെ എത്തിച്ച് പരമാനന്ദ നിർവൃതിയിലെത്തിച്ച് ആ ഗോപിയമാരെ അനുഗ്രഹിച്ച സ്ഥലം ഇന്നിത് ആ ഭഗവാൻ വിട്ട് മധുരയിലേക്ക് പോകുന്നു ഗോപിയമാരുടെ ഭക്തിക്ക് തുല്യമായൊരു ഭക്തി ലോകത്തിലെവിടെയില്ലെന്ന് ആചാര്യന്മാരെല്ലാം പ്രഖ്യാപിക്കണം നാരദമാഷി പറയും യഥാ വ്രതഗോപികാനാം എപ്രകാരമാണോ ഗോപികമാരുടെ ഭക്തി അത് തന്നെയാണ് അതേതുപോലെയാണത്രേ ഒരു ക്ഷേത്രത്തിൽ പൊതുവെ ഏറ്റവും ഉയരത്തിൽ നമ്മൾ കാണുന്നത് കൊടിമരമായിരിക്കും ആ കൊടിമരത്തെക്കാളും ഉയരത്തിൽ നിൽക്കുന്നതാണത്രേ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് മുകളിലുള്ള നിങ്ങൾ താഴികക്കുടം കണ്ടിട്ടുണ്ടാവും അതുപോലെയാണ് അത്ര ഗോപികമാരുടെ ഭക്തി ഭഗവാനേക്കാളും മേലെയാണ് ഗോപികമാരുടെ ഭക്തി ഭഗവാന്റെ മഹത്വം പോലും വിളിച്ചു പറയുന്നതാണ് ഗോപികമാരുടെ ഭക്തി അതുകൊണ്ട് ഭഗവാൻ തന്നെ പറയും ഞാൻ ഗോപികമാരുടെ പാതലേടുക്കളാണ് ഞാൻ ഇഷ്ടപ്പെടുന്നുവെന്ന് വൃന്ദാവനത്തിൽ ചെല്ലുന്ന ഉദ്ധവർ പറയുന്നൊരു ഭാഗമുണ്ട് ഇനിയും ഒരു ജന്മം എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് വേണ്ടത് ീ വൃന്ദാവനത്തിലെ ഗോപിയമാരുടെ പാതരേണുക്കൾ വീണ്ടിട്ടുള്ള വൃന്ദാവനത്തിൽ ഒരു മുൽമലദൌഷധീനാം ഒരു പുല്ലായി ജനിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം അത്ര കൃഷ്ണനിൽ സമർപ്പിത മനസ്സുള്ളവരായിരുന്നു ഗോപിയമാരൻ എല്ലാം മറന്ന് കൃഷ്ണനിൽ ലയിക്കാൻ സാധിച്ചവരായിരുന്നു ഗോപിയമാരൻ ആ ഗോപിയമാരെയെല്ലാം വിട്ടുകൊണ്ട് ഭഗവാൻ മധുരയിലേക്ക് പോവാണ് എന്നിട്ട് മനസാചാനുഗതോതവല്ലാം പനമാർത്തമകം വിഷണ്ണ വൃക്ഷം സമതീതോ യമുനാതടീമയാസീ അങ്ങനെ ഗോപന്മാരുടെ കൂടെ ഭഗവാൻ അവിടെ നിന്നും പുറപ്പെട്ട് അവര് എവിടെ സമതീതോ യമുനാതടി യമുനയുടെ തടത്തിൽ അവരെത്തിച്ചേർന്നു സന്ധ്യ എപ്പോഴേക്കും എന്നിട്ടോ നിയമായ നിമജ്ജവാരിണിത്വം ം സമന്താൽ ഗാന്ധിനേയ നിയമായ ഗാന്ധിനേയൻ അക്രൂരൻ അപ്പൊ അദ്ദേഹം പറഞ്ഞു അല്ല സന്ധ്യയില്ലേ സന്ധ്യയാവുന്നക്കുള്ളൊരു ചടങ്ങുണ്ടല്ലോ കൃഷ്ണ അങ്ങ് നിങ്ങൾ രണ്ടുപേരും ഭഗവാൻ പറഞ്ഞു ഞങ്ങൾ കയ്യും ഒക്കെ കഴിയാൽ മതി അമ്മാവിന് കുളിക്കണോ സന്ധ്യാവുന്നതിന് ചില ചെയ്തോളൂ നിങ്ങൾ ഏ ഞങ്ങൾ രഥത്തിലിരുന്നോളാം അവർ കഴിഞ്ഞ കാലമൊക്കെ നമുക്കൊക്കെ കഴുകി രഥത്തിലിരുന്നു അക്രൂരമാവൻ വിസ്തരിച്ചവർ കുളിച്ച് സന്ധ്യാവന്തനം ചെയ്യാൻ നിശ്ചയിച്ചു അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ചടങ്ങിലൊക്കെ ഭ്രമമുള്ള ആളാണ് അക്രൂരമ്മാവൻ വെള്ളത്തിൽ മുങ്ങിയതും നിയമായ നിമജ്ജ സന്ധ്യാവന്തനം എന്ന നിയമം ചെയ്യാൻ നിമജ്ജാരിണിത്വം വെള്ളത്തിൽ നോക്കുമ്പോണ്ട് രണ്ടെണ്ണം വെള്ളത്തിൽ കുളിക്കുന്നില്ല എന്ന് പറഞ്ഞു പാർട്ടിയ് രണ്ടും വെള്ളത്തിൽ മുങ്ങിയിരിക്കണോ എന്താണിത് കിന്നിതം വിഭവസ്ഥേ ആകെ വിവസനായി ഇത് മനസ്സിലാവണില്ലേ എങ്ങനെ ഇവര് കയറി നോക്കിയപ്പോൾ തമ്മവലോകനം രണ്ടുപേരും കൊണ്ട് മകളിൽ കരയിലിരിക്കുന്നു അപ്പെന്തോ കണ്ണിനെന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട് ഇവര് വെള്ളത്തിൽ വരാൻ സാധ്യല്ല കാരണം അനഞ്ഞിട്ട് പോലുമില്ല പക്ഷേ ഇവരെ സ്പഷ്ടമായി കണ്ടു വെള്ളത്തിനുള്ളിൽ വീണ്ടും മുങ്ങാൻ നിശ്ചയിച്ചു അപ്പോഴോ പുലരേഷനിമജ്ജുണ്യശാലി പുരുഷം ത്വാം പരം ഭുജങ്കഭോഗ ം സുരസിദ്ധോകരീതമാലുലോകേ പുനനിമജ വീണ്ടും അങ്ങോട്ട് മുങ്ങിയപ്പോ പിന്നെ നോക്കുമ്പോ കാണുന്നത് ആയിരം പണങ്ങളുള്ള അനന്തന്റെ മുകളിൽ ആദിനാരായണ രൂപമായിട്ട് സിദ്ധന്മാരും അതുപോലെ തന്നെ ഗന്ധർവന്മാരാലും സപ്തർഷികളാലും സ്തുതിക്കപ്പെടുന്ന ലക്ഷ്മി പരിസേവിതനായിരിക്കുന്ന ആ ഭഗവാന്റെ അനന്തരൂപം കണ്ടുകൊണ്ട് ം തന്റെ നേരെ മന്ദസ്മിതത്തോടെ നോക്കുന്ന ആ ഭഗവാന്റെ രൂപം കണ്ടതും അക്രൂരർക്ക് സഹിക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിന് മനസ്സിലായി ഇനിയിപ്പോ ഒരു സന്ധ്യാവന്തനും വേണ്ട സന്ധ്യാവന്തനത്തിലൂടെ എല്ലാം കാണേണ്ട ഭഗവാനെ നേരിട്ട് ഇത് അപ്രത്യക്ഷമായി ആ ഭഗവാൻ ഇതാ തന്നെ നോക്കുന്നു അദ്ദേഹത്തിന് ശരീരം മുഴുവൻ രോമാഞ്ചം കൊണ്ടും സന്തോഷം കൊണ്ടും വിറയ്ക്കാൻ തുടങ്ങി അദ്ദേഹം അവിടെ നിന്ന് എണീറ്റ് സതാ പരമാത്മസൗ്യസിന്ധു വിനിമഗ്ന പ്രണുവൻ പ്രകാരവേദൈ അവിലോക്യ പുനശ്ചഹർഷ സിന്ധു അനുവൃത്യാ പുളകാവൃതോയോ ത്വാം പരമാത്മസൗഖ്യ സിന്ധുവിൽ തന്റെ മനസ്സ് മുഴുവൻ നിമഗ്നമായി പരമാനന്ദ നിവൃതനായിക്കൊണ്ട് ആ പുരുഷാർത്ഥ പരമപുരുഷനെ കണ്ടുള്ള സിദ്ധ അനുഭൂതിയില് അദ്ദേഹം ആകെ സന്തോഷാനുഭൂതിയിൽ അങ്ങനെ ലയിച്ചിരുന്ന് അവിടെ നിന്ന് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി അക്രൂരര് ഭഗവാനെ സ്തുതിച്ച സ്തുതിയാണ് ഭാഗവതത്തിൽ പറയും ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണകീർത്തന യതുത്തമോത്തമ ശ്ലോക നാരായണ നമസ്തുതേ ഇപ്രകാരം ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് അവിടെ നിന്ന് രോമാഞ്ചം കൊണ്ട് നേരെ ഭഗവാന്റെ അടുത്തു വന്നു എന്നിട്ടോ കേമോശീ തള്ളി മാമഹാഞ്ജലേയൽ തും ഭഗവാനെട് നമസ്കരിച്ചു സ്തുതിച്ച് നമസ്കരിച്ചു ഭഗവാൻ ശരീരം എങ്ങനെ വിറയ്ക്കുന്നുണ്ട് ഭഗവാൻ ചോദിക്കുകയാണ് കേൾ ശീതലിമാ വെള്ളത്തിന് തണുപ്പുണ്ടോ അമ്മാവ എന്താ ഇങ്ങനെ വിറയ്ക്കുന്നത് എന്ന് പക്ഷേ ഉത്തരം പറയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അത്തമാത്രം ഭഗവാനെ കണ്ടതിലുള്ള ആ നിർബിതിയിൽ അദ്ദേഹം മനസ്സ് മുഴുവൻ ലയിച്ചുപോയി ഭഗവാനെ കൈക്കോപ്പിത്തൊഴുത് രഥമെടുത്തുവെന്നാണ് ഭഗവാൻ പിന്നീട് രഥത്തിൽ കയറിക്കൊണ്ട് അവരുടെ രഥവാസിയായിരിക്കുന്ന ഗുരുവായൂരപ്പ ഈ ശരീരമാകുന്ന രഥത്തിലിരിക്കുന്ന ഗുരുവായൂരപ്പ എന്റെയും രോഗങ്ങൾ മാറ്റി എന്നെയും അങ്ങയിലേക്ക് നയിക്കണമേ എന്ന് പട്ടതിരിപ്പാട് ആവശ്യപ്പെടുകയാണ് ഇനി മധുരയിലേക്ക് പോവാണ് ോ മധുരാം ദിനർദ്ധവിഗമേ അത്രാന്തരസ്മിൻ വസൻ हारामे വിഖിജനസിതനെ രാതഃ പുരീമിക്ഷിതം രാപോ രാജപതം ജിരസ്വതി ദൃത രാലോകകൗതൂഹല സ്ത്രീ പുംസോദ്യഗണ്യ പുണ്യനികളൈ ആകർഷ്യമാണോണുക്കി പിറ്റേ മധുരയിലെത്തിച്ചേർന്നു ഭരണാപനത്തിൽ നിന്ന് അന്ന് വളരെ ദൂരമുണ്ടായിരിക്കാം അങ്ങനെ ഇവർ പിറ്റേ ദിവസം അവിടെ എത്തിച്ചേരുന്ന സമയത്ത് ഭഗവാൻ എന്റെ ഒരു ആരാ പുറത്തൊരു വൃതാ ഒരു ഉദ്യാനത്തിൽ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു എന്നിട്ട് അക്രൂരനമാവൻ പറഞ്ഞു ഇന്ന് അടിയന്റെ വീട്ടിൽ താമസിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞു ഇപ്പൊ വേണ്ട ഞങ്ങൾ പുറത്ത് താമസിച്ചോളാം പട്ടണമൊക്കെ കാണണമെന്ന് മോഹൻണ്ട് കാട്ടെന്ന് വന്ന വിവാഹ വർഗമാണല്ലോ ഞങ്ങൾ അപ്പം മധുരയും പട്ടണവും ഇപ്പൊ നമ്മളും അങ്ങനെയാണല്ലോ ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു സിറ്റിയിൽ വന്നാൽ ആദ്യം ഒന്ന് കറകണമെന്ന് മോഹം ഉണ്ടാവും രണ്ടു ദിവസമേ ഉണ്ടാവുള്ളൂ പ്രത്യേകിച്ച് ബാംഗ്ലൂര് ഒട്ടും ഉണ്ടാവില്ലേ കാരണം അപ്പൊ അങ്ങനെ രണ്ടു ദിവസമൊക്കെ ഒന്ന് കറങ്ങണം മാള് കാണണം കാണണം ഒക്കെ ഒന്ന് പോകും എത്ര ദിവസം പോവും രണ്ടു ദിവസം അത് കഴിഞ്ഞാൽ കഴിഞ്ഞു ഇതുപോലെ ഞങ്ങൾക്കൊന്ന് പട്ടണം കാണണം എന്ന് മോഹമുണ്ട് അമ്മാവൻ പൊയ്ക്കൊള്ളും നാളെ ഞങ്ങൾ അവിടെ സ്ഥലത്തൊക്കെ എത്തിച്ചോർന്നോളാം എന്ന് പറഞ്ഞ അമ്മാവനെ പറഞ്ഞു ഭഗവാനും ഗോപന്മാരും അച്ഛനും എല്ലാവരും കൂടെ മധുരയിലൊരു സ്ഥലത്ത് വസിച്ചു ഭഗവാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഞങ്ങൾക്ക് പട്ടണം കാണാം അച്ഛൻ വരണ്ട അച്ഛൻ വന്നാൽ മകളാണേ അച്ഛൻ വിശ്രമിച്ചോളൂ ഞങ്ങൾ കുട്ടികൾ പോയിക്കോളാം ഞങ്ങൾ പട്ടണമൊക്കെ കണ്ട് ആസ്വദിച്ച് വൈകുന്നേരം ആവുമ്പോഴേക്കും കറങ്ങി വരാം അങ്ങനെയാണല്ലോ അന്നത്തെ ഭാഷയിൽ പറയാം ഞങ്ങളൊന്ന് ലോക്കൽ ലോക്കൽ സീനൊക്കെ കണ്ടിട്ട് വരാം അച്ഛൻ വിശ്രമിക്കൂ അവിടെയാണെങ്കിലോ ഭഗവാൻ പുറത്തേക്കിറങ്ങിയതും സ്ത്രീ പുംസോദ്യഗണ്യതികളെ ഈ വീതിയുടെ രണ്ട് ഭാഗത്തും ആളുകളിങ്ങനെ നോക്കി നിൽക്കുക ആരാണിത് തന്ന് രണ്ട് തേജസ്സാർന്ന രണ്ട് കുട്ടികൾ ഒരാൾ കാർമ്മിക ഒരാൾ വെളുത്ത വർണ്ണത്തിലും ഒരാൾ നീലപ്പെട്ട് ധരിച്ചിട്ടും വളരെ തേജസ്സാർന്ന ശക്തന്മാർ കുട്ടികളാണെങ്കിലോ രണ്ടുപേർക്കും ചുറ്റും നടക്കുന്നു ഈ കാഴ്ച കണ്ട് ഇതായിരിക്കും അന്ന് കംസൻ കേട്ടിരിക്കുന്ന അശരീരിയിലെ കുട്ടി ഇതായിരിക്കൂ ശരിക്കും ഈ കുട്ടിയാണെങ്കിൽ നമ്മൾ ധന്യരായി കൃതാർത്ഥരായി ഴ്ച കൊണ്ട് ധന്യാത്മാക്കളായി ഒരു വശത്ത് കംസനെ ഭയന്ന് കൃഷ്ണനെ മറന്ന് മറക്കാൻ പ്രേരിതനാണ് അവർ ഇപ്പോഴിതാ കൃഷ്ണനെ കണ്ട് കംസനെ മറക്കാൻ അവർക്ക് സാധിച്ചിരിക്കുന്നു അത്രമാത്രം അവരുടെ മനസ്സ് കൃഷ്ണനിലേക്ക് ചേർന്നു പറയുകയാണ് ഭഗവാനാണെങ്കിലോ അവിടുന്ന് അങ്ങോട്ട് നടക്കാൻ തുടങ്ങി എന്നിട്ടോത്യുതിവൽ ത്മൂർത്തിയോരു ൃഷ്ടിവൽയസ്തുവേ മന്ദസ്മിതൻസിൽ രാജൽ കലാശ്രിത ഭഗവാന്റെ പാദം കാണുന്ന സമയത്ത് ആ തേജോമയമായ പാദത്തിൽ നിന്ന് കണ്ണെടുക്കാൻ സാധിക്കാതെ വളരെ പ്രയാസപ്പെട്ട് കണ്ണെടുത്തുകൊണ്ട് ഭഗവാന്റെ ശരീരത്തിലേക്ക് ശ്രദ്ധിച്ച് ആ പീതാംബരവും ശരീരവും ശ്രദ്ധിച്ച് ആ ഭഗവാന്റെ കഴുത്തിലണിഞ്ഞിരിക്കുന്ന പരമാല പോലുള്ളൊരു വസ്ത്രം ഉത്തരീയം അതും കണ്ട് പീതാംബരവും കണ്ട് ഭഗവാന്റെ കൈകളെയും ശ്രദ്ധിച്ചുകൊണ്ട് ഭഗവാന്റെ മുഖം ശ്രദ്ധിച്ചുകൊണ്ട് ഭഗവാന്റെ കണ്ണുകൾ ശ്രദ്ധിച്ചുകൊണ്ട് ഭഗവാന്റെ തലമുടി ശ്രദ്ധിച്ചുകൊണ്ട് അതിനുള്ള പീലിത്തിരുമുടി ശ്രദ്ധിച്ചുകൊണ്ട് ഭഗവാൻ അലയിൽ തിരിയിരിക്കുന്ന ഓടക്കുഴൽ ശ്രദ്ധിച്ചുകൊണ്ട് ആ മധുരയിലെ സ്ത്രീകളും ഗോപിയമാരെ പോലെ നിശ്ചലരായി തീർന്നു അവർക്കും കൃഷ്ണനിൽ നിന്ന് മനസ്സെടുക്കാൻ പറ്റാതെ വിധത്തിൽ അത്ര ശക്തമായൊരു ആകർഷണം കൃഷ്ണനോടുണ്ടായെന്ന് കജോ നരുമല്യോലിത കജവോ കരുജിവൽ അങ്ങനെ മധുരാപുരിയിലെ ജനങ്ങൾ മുഴുവൻ കൃഷ്ണനെ കൈകൂപ്പി തൊഴുതുകൊണ്ടും കണ്ണുകൊണ്ട് അനുഭവിച്ചുകൊണ്ടും ആസ്വദിച്ചുകൊണ്ടും മനസ്സുകൊണ്ട് ലയിച്ചുകൊണ്ടും കൃഷ്ണനിൽ നിമഗ്നരായി അങ്ങനെ ഭഗവാൻ വീണ്ടും മുന്നോട്ടു പോവാണ് താസാമാകലയെന്നവലൈ മോദം പ്രഹഷ്യാൽബുദോലു ജനേഷു തത്ര രജകം കഞ്ചിൽ പടിയൻ കസ്തേദാസി രാജകീയവസനം യാഹീരിതേനോദിത സദ്യസ്ഥത സോപ്യഹ പുണ്യ ഗതിഗവാനും ഗോപന്മാരും നടന്നു പോകുന്ന സമയത്ത് അപാങ്കപല താസാ മോദമാകലയൻ ജനേഷ ഗോപസ് അവിടുത്തെ ഗോപസ്ത്രീകളെ പോലെ മധുരാ സ്ത്രീകൾ ഇങ്ങനെ നോക്കുമ്പം ഭഗവാനവരുടെ കണ്ണിലേക്ക് നോക്കും ഇടയ്ക്ക് കണ്ണ് ചിമ്മും കൈകൊണ്ടാട്ടും കാറ്റാ പറയും അങ്ങനെ അവരെയൊക്കെ മോദിപ്പിച്ച് സന്തോഷിപ്പിച്ചുകൊണ്ട് പോകുമ്പോ ഇടയ്ക്ക് ഭഗവാനെ ഒരു കോംപ്ലക്സ് തോന്നിട്ടുണ്ടാവാം എന്താ കോംപ്ലക്സ് ഈ വസ്ത്രം ശരിയില്ലല്ലോ ഒന്ന് ആകെ ചാണകവും മണ്ണും പിടിച്ചിരിക്കുന്ന വസ്ത്രം അപ്പൊ ഗോപന്മാരൊക്കെ കാട്ടുന്നു ഇവർക്ക് നല്ല അടി അലക്കിപ്പം നിങ്ങൾ ഇവിടുത്തെ പോലെ ഒന്നും നല്ല ക്ലീൻ വസ്ത്രമൊന്നും ഭഗവാനും തോന്നിയിട്ടുണ്ടാവും നല്ലൊരു വസ്ത്രം ധരിക്കണം അപ്പോഴാണ് നോക്കുമ്പോണ്ട് കംസന് വസ്ത്രം കൊണ്ടുപോകുന്ന ആള് അലക്കിത്തേച്ച വസ്ത്രങ്ങളുമായിട്ട് പോകുന്നത് കാണുന്നത് അപ്പൊ ഭഗവാൻ അവരെ വിളിച്ചു വെച്ചു ഏയ് അലക്കുകാരാ നിൽക്കൂ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വസ്ത്രം തരുമെന്ന് അപ്പൊ അവന്റെ വക വാക്കുകൾ എന്താവാൻ പറയുന്നത് കാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന കുറെ വർഗം രാജാവിന്റെ വസ്ത്രോ വസ്ത്രകഞ്ചിൽ രജകമ്പടി പ്രാർത്ഥയൻ നിങ്ങൾ രാജകീയ വസ്ത്രം എന്താ രാജാവിന്റെ വസനമാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രാജാവിനോട് ശിക്ഷ വാങ്ങിച്ചു എന്നിങ്ങനെ പറഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു അത്ര ദൂരെയൊന്നും പോണ്ടാന്നു ഭഗവാൻ അവന്റെ എടുത്തു തന്നു എന്നിട്ടോ കരേണ ശേഷം ആ ഒറ്റ ആനുഞ്ഞൊരൊറ്റ അടി അവൻ അവടെ വീട് മരിച്ചു അങ്ങനെ വസ്ത്രക്കാരന് വസ്ത്രം തരുന്നതിനുള്ള എന്ത് കൊടുത്തു സമ്മാനം കൊടുത്തു എന്ന് വെച്ചാൽ അടുത്ത് നിർത്തു അവനെ എന്നിട്ടത് പൊതയൊക്കെ അഴിച്ചു നോക്കിയപ്പോ ഭഗവാൻ നോക്കുമ്പോണ്ട് അനവധി വസ്ത്രങ്ങൾ അതിൽ നിന്ന് ഒരു വസ്ത്രം ഭഗവാൻ വലിച്ചെടുത്തു നല്ല മഞ്ഞപ്പെട്ട് കംസനും ഉണ്ടായിരിക്കാം അമ്മാവിനും മഞ്ഞപ്പെട്ട് കൊടുക്കുന്ന അത് വലിച്ചെടുത്തു അപ്പൊ നോക്കുമ്പോൾ അതിൽ പത്ത് പേർക്കിരിക്കാം അത്രയും കംസന്മാവിന്റെ സൈസ് ഉണ്ടാവാതിരിക്കാം അപ്പോഴേക്കും പിന്നെ ഓരോരുത്തരും ഓരോരുത്തരൊക്കെ നല്ല വസ്ത്രങ്ങൾ എടുത്തു ഒരു വസ്ത്രം നെയ്യുന്നവരുത്തുണ്ടായിരുന്നു തുന്നവരുത്തുണ്ടായിരുന്നു അവനത് കണ്ടപ്പോ സങ്കട ഇത്ര വലിയ വസ്ത്രം ഇങ്ങനെ കുട്ടി അവനോടി വന്ന് വസ്ത്രമൊക്കെ വാങ്ങിച്ച് അതിനെ കട്ട് ചെയ്ത് അങ്ങനെ ഭഗവാൻ പാകമാവുന്ന വിധത്തിൽ അതിനെ ആക്കിക്കൊടുത്ത് അവന്റെ വക ഫ്രീ ഒരു തെരിയും കൊടുത്തു ഭഗവാൻ മറ്റവന്റെ തലയ്ക്കടിച്ചു ഇവന്റെ തലയിൽ കൈവത്ത് അനുഗ്രഹിച്ചു എന്നിട്ടോ ഭൂയോവായകമേവമായ ആയതമതി തോഷേണവേഷോചിതം കാശംസം നിനേദ സുഗതം കോവേദ ജീവാത്മനം ൃതാമാനിതോ ഭക്തി ലക്ഷ്മി ജലക്ഷ്മീപദേ ആയുധമതി തനിക്ക് വേഷമെല്ലാം പാകമാക്കി തന്ന അവന് ഭഗവാൻ അനുഗ്രഹം ചൊരിഞ്ഞതാണ് അവരെ അനുഗ്രഹിച്ചു അങ്ങനെ ജീവാത്മനം സുഖതം അവര് ജീവാത്മാക്കൾ അനുഭവിക്കുന്ന സുഹൃതം അവന് ഭഗവാൻ കൊടുത്തു പിന്നെ ഒരുത്തുണ്ടായിരുന്നു ൃതാമാലാഭി അവന് വേഷമൊക്കെ കണ്ടപ്പോ ഒരു മോഹം ഒരു മാല കൃഷ്ണന്റെ കഴുത്തിലുണ്ടർന്നു കുറെ കാലമായിട്ടുള്ള മോഹ എന്നെങ്കിലും കംസനെ കൊല്ലുന്ന കുട്ടി വരികയാണെങ്കിൽ ഒരു മാല കുട്ടിയുടെ കഴുത്തിൽ നടന്നു അപ്പൊ ഇന്നിത് കണ്ടപ്പോ ഇവനെ കൊന്നത് കണ്ടപ്പോ മനസ്സിലായി ഈ കുട്ടി തന്നെയായിരിക്കണം മിക്കവാറും കംസൻ ശരിയാക്കുന്നത് വേഗം മാല എടുത്തിട്ട് ഭഗവാന്റെ കഴുത്തിലിട്ടു ഭഗവാൻ അവനെയും എന്ത് ചെയ്തു അനുഗ്രഹിച്ചു പരാംഭക്തിയും ലക്ഷ്മിയും എനക്ക് ഭക്തിയും ഉണ്ടാവട്ടെ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ചു അവരെ ഇപ്രകാരം ഭഗവാൻ അവരെക്കനുഗ്രഹിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി അപ്പോഴാണ് മറ്റൊരാളെ കാണുന്നത് അതാരാണ് കുബ്ജാമ്ജവിലോചനാ പതി പുനഷ്ടാങ്കരാഗേതയാ ദുഖിലാങ്കരാഗമത താ മഹാന്ം ഹൃദീ ചിത്തമൃദുദാമത പ്രദയിതും കാത്രേവിതാ സ്ഫുടം പണ്ട് ത്രിവക്ര എന്നൊരു പറയുന്ന ഒരു സേവകണ്ടായിരുന്നു കംസന് ത്രിവക്ര എന്ന് വിളിക്കാൻ കാരണം ത്രിവക്രം എന്ന് വെച്ചാൽ മൂന്ന് വളമുള്ളവൾ കുഞ്ച അവളുടെ പേര് പക്ഷെ എല്ലാവരും വിളിക്കുക എന്താണ് ത്രിവക്ര തിവക്ര ത്രിവക്രെന്ന് ഇത് കാലില്ലാത്തവരെ മുടന്നാ മുടാ എന്ന് വിളിക്കുന്ന പോലെയാണ് അവൾ എല്ലാവരും അങ്ങനെ വിളിച്ചത് കംസന് കുറിക്കൂട്ടുണ്ടാക്കിയിരുന്നു അവളുടെ ജോലി പെർഫ്യൂം കംസനോട്ടിലേശം സെന്റിമെന്റുള്ള ആൾ അപ്പൊ അയാൾക്കിതൊക്കെ ഉണ്ടാക്കുന്നത് ഇവളുടെ ജോലി ഭഗവാൻ നല്ല വേഷമൊക്കെ ധരിച്ച് നല്ല മാലയൊക്കെ ഇട്ട് പോകുമ്പോഴാണ് ഈ കുറിക്കൂട്ടുമായിട്ട് പോകുന്നത് അപ്പൊ അവളോട് ചോദിച്ചു അംഗരാഗം തരുമോന്ന് എന്റെ ശരി നെറ്റിയിൽ ചന്ദനാദികൾ തരുമോ എന്നിങ്ങനെ ചോദിച്ചപ്പോ അവൾക്കറിയില്ല ഭഗവാൻ ചോദിക്കിങ്ങനെ സുന്ദരി എനിക്ക് കുറച്ച് അംഗരാഗങ്ങൾ തരുമോന്ന് അവളാ വിളി കേട്ടപ്പോൾ തന്നെ ഞെട്ടി കാരണം ജനിച്ച അന്ന് മുതൽ ആരും അവളെ സുന്ദരി ഒരു വാക്ക് വിളിച്ചില്ല എല്ലാവരും വളമുള്ളവള് വളവുള്ളവുള്ളതാണ് വിളിച്ചത് അപ്പൊ ഇത് കേട്ടപ്പം അവൾക്ക് തോന്നി ഇങ്ങനൊരു വിളിക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഹൃദയം വിളിച്ചതായിരിക്കും കുറിക്കോട്ട് തരുമോ ചോദിച്ചോ അങ്ങക്കല്ലാതെ പിന്നെ ആർക്കാ തരിക തന്നെ തരാം എന്ന് പറഞ്ഞതും ഭഗവാൻ അടുത്ത് ചെന്നു അവളുടെ കൈകൊണ്ട് തന്നെ ഭഗവാന് കുറി തൊടിപ്പിക്കണോ വേലെല്ലാം ഭഗവാനെ വളരെ സന്തോഷമായി ഭഗവാൻ വിചാരിച്ചു ഇവളെ ശരിക്കും ഒരു സുന്ദരി ആക്കി മാറ്റണമെന്ന് ആ കുറിക്കോട്ട് വാങ്ങിച്ചിട്ട് താഴെ വെച്ചു അവളോട് പറഞ്ഞു സുന്ദരി നീ ഒന്ന് കണ്ണടക്കി വെച്ചു അപ്പൊ അവളെ ഒരു ചിന്തിനാണെന്ന് നീ കണ്ണടക്കിയു സുന്ദരി ഓ പറഞ്ഞതനുസരിച്ചു ശരി സുന്ദര അടച്ചിരിക്കണോ ഇനി ഭഗവാൻ പറഞ്ഞു നീ ഭഗവാനെ സ്മരിച്ചോളൂ കംസനെ സ്മരിക്കേണ്ട കാരണം കംസന്റെ രൂപമായി മാറി അവളെ ഭഗവാനെ സ്മരിച്ചു സ്മരിച്ചതും ഭഗവാൻ കൈകൊണ്ടവളുടെ താടിയിലും കഴുത്തിലും തൊട്ടും കാലുകൊണ്ട് അവളുടെ പെരുവിരൽ തൊട്ടി എന്നിട്ട് ആ താടി പിടിച്ച് അവളോട് പറഞ്ഞു ദേവ് വിളിച്ചോളു ഭഗവാനെ വലി മൂന്ന് ശബ്ദം ചെടും കിടി കിടി കിടിക് അവളുടെ മൂന്ന് വളവും പറഞ്ഞു അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിൽ എങ്ങനെയും സുന്ദരിയാവുമോ ഞാൻ അവളെന്ത് ചെയ്തു ഒറ്റ കെട്ടി പിടുത്തം കൃഷ്ണനെ വിടുന്നില്ലേ കൃഷ്ണനെ അപ്പോ പട്ടതിരിപ്പാട് പറയാണ് അങ് അവൾ അങ്ങയ്ക്ക് അംഗരാഗം തന്നപ്പോ അവള് അങ്ങയിൽ നിന്നും അനുരാഗം പിടിച്ചു പറ്റി ഒരാൾ അംഗരാഗം കൊടുത്തു മറ്റൊരാള് അനുരാഗം രണ്ടുപേർക്കും രാഗമുണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാനും തിവക്രയും ഭഗവാനും അങ്ങേയറ്റം ഒരു പരസ്പരം സ്നേഹിക്കുന്ന ആളുകളായി തീർന്നു ഭഗവാനെ ആലിംഗനം ചെയ്തിട്ട് അവൾ പറയാണ് ഇന്ന് എന്റെ വീട്ടിൽ താമസിക്കണമെന്ന് അപ്പോൾ അവർ ഇന്ന് വേണ്ട പറ്റുന്നൊരു സമയത്ത് ഞാൻ വരാം എന്ന് പറഞ്ഞ് അവളെ വിട്ടു അവളെ കംസന്റെ കൊട്ടാരത്തിൽ കുറിക്കൂട്ടായിട്ട് പോയൊരു കഥയുണ്ട് അപ്പോ കംസൻ ചോദിച്ചു നിന്നോടാനാ കുറിക്കൂട്ട് കൊണ്ടുവരാൻ പറഞ്ഞത് ത്രിവക്രയോടെന്ന് വെച്ചു കംസൻ എപ്പോഴും അറിയിച്ചത് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു ഈ രാജ്യത്തിന് കുറെ ഐശ്വര്യങ്ങൾ വരാൻ പോകുമെന്നുണ്ടെങ്കിൽ തോന്നുന്നു അതെന്താണ് കുറെ വളവുകൾ നിവരാൻ പോകുന്നുണ്ട് ഇന്നിവിടുത്തെ മനസ്സിലായില്ലേ എനിക്ക് കംസൻ എന്താ മനസ്സിലാവണത് കംസനോട് പറഞ്ഞു എനിക്കും മനസ്സിലായില്ല പക്ഷെ എനിക്ക് അനുഭവം കൊണ്ട് മനസ്സിലായി നിവരും എന്നുള്ളത് ഇതുപോലെ ചിലതെല്ലാം അനുഭവം കൊണ്ടേ മനസ്സിലാവുള്ളൂ കംസൻ ഒരു സൂചന കൊടുത്തു എന്ത് നിന്റെ അന്തകനാണ് എന്നെ നിവർത്തിയിരിക്കുന്നത് എന്ന് പിന്നെ കംസൻ ചോദിക്കുന്നത് ഈ ആരാണ് അപ്പോഴാ പറയുന്നത് ഞാനാണ് കുബ്ജ ത്രിവക്ര എന്ന് പറയുന്നത് നിന്നെ ആരാ അങ്ങനെയാക്കിയതെന്ന് എനിക്കറിയില്ല നമ്മൾ പറഞ്ഞില്ലേ ആരാന്നുള്ള അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ദേഷ്യം വരില്ലേ തന്റെ ശത്രു ഇങ്ങനെ നിവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രു ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വളക്കട്ടെ എന്ന് പറയില്ലേ രണ്ട് ശിഷ്യന്മാരെയായിരുന്നു ഗുരുവിനെ ശുശ്രൂഷിച്ച രണ്ട് ശിഷ്യന്മാരെയായിരുന്നു ഗുരുവിന്റെ രണ്ട് കാലം ഏറ്റെടുത്തു ശുശ്രൂഷ ഗുരുവിന് വയ്യ രണ്ടു പേരും നോക്കുന്നത് തന്റെ ശത്രുവിന്റെ കാലിൽ വല്ലത് സംഭവിക്കുന്നുണ്ടോന്നാണ് അപ്പൊ ഒരു ദിവസം ഒരു ശിഷ്യൻ പോയ സമയത്ത് മറ്റേ ശിഷ്യൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മറ്റേ ശിഷ്യൻ ശുശൂഷിക്കുന്ന കാലിലൊരു ഈച്ച വന്നിരുന്നത് അവന് ദേഷ്യം വന്നു മറ്റേ ശിഷ്യൻ നോക്കേണ്ടതല്ലേ ഇത് അവനല്ലേ ശുശ്രൂഷിക്കുന്ന നല്ലൊരു വടിയെടുത്തുകൊണ്ട് വന്നത് ഈച്ചൊരു അച്ച അടി ആ ശിഷ്യനോടുള്ള ദേഷ്യ തീർത്തത് പക്ഷെ ദേഷ്യം തീർത്തത് ഗുരുവിനോടാണ് ആ ശിഷ്യൻ ഓടി വന്നു ഗുരുവരാരും ശിഷ്യൻ വന്നോക്കുമ്പോണ്ട് തന്റെ കാലടിച്ചു പൊളിച്ചിരിക്കുന്നു തന്റെ കാലല്ല ഗുരുവിന് കാലാണ് എടുത്തു അതേ വണ്ടി കോട്ടത്തും മറ്റേ കാലിൽ ഒന്ന് എന്റെ കാലം നശിപ്പിച്ച് നിന്നെ വിളവുന്നുണ്ട് ഇതുപോലെ ഭഗവാൻ സുന്ദരിയൊക്കെ മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവള് വീണ്ടും കംസൻ വളച്ചാലോ അവള് പറഞ്ഞില്ല ഏതാനും ഗ്രണ്ണൻമഞ്ചുകരേണതാമുദയൻ താവൽ ജഗസ്സുന്ദരി അവളെ ശരിക്കും ഒരു സുന്ദരിയൊക്കെ ഭഗവാൻ മാറ്റി എന്നിട്ടോ निश्चितवभवा तव विभो नात्यजनांजदे स्म शक्ु ताम गृन कुकुशदिकिंजन ददा मार्गे निब्धाजलि नातिष्टंबदायथोद्यपुला आर्ति व्रजा प्रभो भगवाने अ कुये सुंदरिया അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ മനസ്സിലായി അങ്ങ് സാധാരണ മനുഷ്യനല്ലാണ് നിശ്ചിത വൈഭവാത്തവ വിഭോ അങ്ങേ മനസ്സിലാക്കിയിരിക്കുന്ന മഹാ ആളുകൾ കിഞ്ചിതേത്മ അവരെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരോരോന്ന് ഭഗവാൻ അർപ്പിക്കാൻ തുടങ്ങി താമ്പൂലമാല്യാധികം താംബൂലം തുടങ്ങിയ സാധനങ്ങൾ ഭഗവാൻ അർപ്പിക്കാൻ തുടങ്ങി പട്ടതിപ്പാടിന് സങ്കടം വന്നു വേറെ ഏറെ വിഷമം അദ്ദേഹം പറയാണ് ഭഗവാനെ കൃണ്ണാന കൊസുമാതികഞ്ജനത ആ വഴിയിൽ ഒരു പൂ പിടിച്ചിട്ടെങ്കിലും അങ്ങേ സ്വീകരിക്കാൻ മാർഗേ നിബന്ധാഞ്ജലി കൈകോപ്പിക്കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലോ അങ്ങേ സ്വീകരിക്കാൻ എനിക്ക് ആ മാർഗത്തിൽ നിൽക്കാൻ സാധിക്കുന്നില്ലല്ലോ ഭഗവാനെ കാരണം എന്റെ കാലിൽ വാദരോഗമുള്ളത് കൊണ്ട് വാദരോഗ സ്വീകരിക്കാൻ ആ മധുരയിലെ നിവാസികൾക്കൊപ്പം ഞാനും ഉണ്ടാവുമായിരുന്നു മധുരയിലെത്തുകയാണ് അദ്ദേഹം പക്ഷേ വാദരോഗം കാരണം പോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഗുരുവായൂരപ്പ എനിക്കതൊക്കെ അനുഭവിക്കണമെന്നുണ്ട് അങ്ങ് എന്റെ കാലിലെ വാദരോഗം മാറ്റണം അതിന്റെ കൂട്ടത്തിലൊരു അപ്പീൽ വെച്ചു കൊടുത്തു അങ്ങനെ പട്ടതിരിപ്പാട് ഓരോ സന്ദർഭവും ഒഴിവാക്കില്ല എന്നാതിഷ്ടം പതഹായുതോത്തി വിപുലം ആർത്തി പ്രജാമി എന്റെ ആർത്തിയെ അങ്ങ് മാറ്റിത്തരണേ ഗുരുവായപ്പ എന്നിട്ടോഷ്യാമീ വിമുക്തയാ ഭഗവൻ യാതയാ ദൂരാൽക്കാതരയാ നിരീക്ഷിതഗതി തൊമ്പ്രാ വിജോ ഗോപുരം ആഘോഷാനമിതാഗമഹാ ഹർഷോളൽ ദേവകി പക്ഷോജപ്രകൽപ്പയോര സമിഷാൽ തിരന്തർഗത അങ്ങനെ ഭഗവാൻ അവിടെ നിന്ന് വീണ്ടും നടക്കുമ്പോ ആ കുബ്ജ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കൃഷ്ണനെ അവൾക്ക് സഹിക്കുന്നില്ലേ അവളുടെ ആ സന്തോഷം ഭഗവാനാണെങ്കിലോ ക്രമേണ അവിടെ നിന്ന് കാതരയാ നിരീക്ഷിതഗതി അവിടെ നോക്കി നിൽക്കെ പ്രാവിശോ ഗോപുരം ഗോപുരത്തിലേക്ക് പ്രവേശിച്ചു അതോ ആഘോഷാനമിതത്വമാക ഭഗവാൻ അങ്ങോട്ട് പ്രവേശിച്ചതിലുള്ള ആഘോഷ ശബ്ദത്താൽ ജനങ്ങളിങ്ങനെ ഉച്ചത്തിൽ ജയജയാരവം മുഴക്കാണ് പറയണോ ഈ ജയജയാരവം കേട്ട് കാരാഗ്രഹത്തിലിരിക്കുന്ന ദേവകീ ദേവിക്ക് പോലും തന്റെ പുത്രൻ വന്നതിലുള്ള സന്തോഷം കൊണ്ട് മുലപ്പാടി ചുരന്നുവോ എന്ന് ഭട്ടതിരിപ്പാട് ചോദിക്കുകയാണ് ഏതായാലും അത്രമാത്രം തൊൽകീർത്തിരന്തരകത ഭഗവാന്റെ ആ കീർത്തി അത്രയും സമയം കൊണ്ട് തന്നെ അവിടെ പുകൾപ്പെറ്റു അത്രയും ശ്രേഷ്ഠമായി എല്ലാവരുടെയും ഉള്ളിലേക്ക് കടന്നു വരികയാണ് എന്നിട്ടോ ഭഗവാൻ ഗോപുരത്തിന്റെ ഉള്ളിൽ കയറിയിട്ടോ ആവിഷ്ണോ നഗരീം മഹോത്സവപതി കോദണ്ഡശാലാമ്രജൻ മാധുര്യേണത് തേജസാനുപുരുഷ ദൂരേണ ദത്താന്തൂഷിതമത്ിതം വരതനു കാമേരിവാദൽപുരാഗണ്ാ സമരോപയസമാരവീ ആവിഷ്ടോ നഗരിയും ആ പ്രധാന നഗരിയിലേക്ക് പ്രവേശിച്ചു മഹോത്സവപതിയും അവിടെ മഹോത്സവത്തിന് തയ്യാറായിട്ട് നിൽക്കുകയാണ് എന്താണ് അവിടുത്തെ പ്രധാനമായൊരു പൂജ പണ്ട് ക്ഷത്രിയന്മാരുടെ ഇടയിൽ പ്രധാനമായി പൂജിക്കുന്ന ഒരു സാധനമാണ് വില്ല് മഹേന്ദ്രശാപം എന്ന രീതിയിലാണ് വൃക്കേ എന്തിനാണ് വില്ല് പൂജിക്കുന്നത് ശിവരാത്രിയാണല്ലോ അപ്പൊ ശിവനോട് പ്രാർത്ഥിക്കുകയാണ് എന്താണ് വരുന്ന യുദ്ധങ്ങളിലെല്ലാം ജയിക്കാൻ സാധിക്കണമേ അപ്പൊ ശിവതേജസ്സിനെ ഏതിൽ കാണും വില്ലിൽ കണ്ടുകൊണ്ട് പൂജിക്കും കാരണം പണ്ട് പാശുവതാസ്ത്രം തുടങ്ങിയ അസ്ത്രങ്ങളൊക്കെ വരുന്നത് ശിവനിൽ നിന്നായതുകൊണ്ടായിരിക്കാം ശിവനെ വില്ലിലൂടെ കണ്ട് പൂജിച്ചിരിക്കുന്നത് അപ്രകാരം അവിടെ ഒരു കോദണ്ഡശാലാം അവിടെ ഒരു വില്ല് വെച്ചിട്ടുണ്ട് ഭഗവാൻ അതിന്റെ അടുത്തേക്ക് കടന്നു ആ സമയത്ത് അവിടെ പട്ടാളക്കാരുണ്ട് സേവകന്മാരുണ്ട് അവര് ആളുകൾ വന്ന് തൊഴുതുപോകുന്ന സ്ഥലമാണ് വില്ലിനെ ഈശ്വരനായി കാണുന്നതാണ് രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സ്ഥലമാണ് രാജാവിന് നന്മയും ഐശ്വര്യവും ഉണ്ടാകണമെന്നും ഈ രാജ്യം സംരക്ഷിതമായി തേരുന്നതൊക്കെ പ്രാർത്ഥിക്കേണ്ട സ്ഥലമാണ് ഭഗവാൻ അങ്ങോട്ട് കയറി ചെന്നിട്ട് എന്ത് ചെയ്തു ആ നേരെ ധനസ് വെച്ചെടുത്തേക്ക് തന്നെ സ്റ്റേജിലേക്ക് കയറി നത്തം വിഗ്രഹം വെച്ചെടുത്ത് തന്നെ കയറി അപ്പൊ അവർ പറഞ്ഞു മാമാ കയറരുത് മാമാമെന്ന് പറഞ്ഞാൽ വിളിക്കില്ല അരിത് അരി കയറരുത് കുട്ടികളെ ഇറങ്ങൂ ഇറങ്ങൂ എന്നൊക്കെ പറഞ്ഞു പാഠം വെച്ചപ്പോ പ്രാഗണ്ണാന സമരോപയ അതൊന്നും ഭഗവാൻ ശ്രദ്ധിച്ചില്ല ഭഗവാൻ ആ അങ്ങോട്ട് എടുത്തു എന്നിട്ടോ അതിന്റെ ഞാൻ വലിച്ച് കെട്ടാൻ വേണ്ടി വലിച്ചതും വില്ലങ്ങോട്ട് കയറി അത് രണ്ടായി പൊട്ടി എന്ന് പറയാണ് അതിന്റെ ശബ്ദം കേട്ട് കംസൻ സിംഹാസനത്തിൽ നിന്ന് ചാടിയത്രേ അത്ര ഉച്ചത്തിലായിരുന്നു ഈ വില്ലു ശബ്ദം രാമനായി വന്ന് ഒരു വില്ലു പൊട്ടിച്ചാരെ നേടി നേടിയെങ്കിൽ കൃഷ്ണനായി വന്ന് വില്ലു കംസനെ വധിക്കാൻ പോവുകയാണ് ഇവിടെ അങ്ങനെയാണ് അഥ ഏതായാലും അപ്രകാരം ആ വില്ല് പൊട്ടിച്ചുകൊണ്ട് എതിർക്കാൻ വന്ന കംസന്റെ ആളുകളേക്ക് ഭഗവാൻ അപ്പ തന്നെ അടിച്ചു ശരിയേക്ക് കവഞ്ഞു എന്നിരോ ശക്കം സക്ഷപണോത്സവശ്യപുരം ശാബദ്ധം സമഹാധ്വനിസ്തമവിഭോ ദേവാനോമാഞ്ചയൽ കംസ്യാവിജവേസ്ത കോദണ്ഡകണ്ഡദ്വൈ ചാഭ്യാഘതരക്ഷപോരുഷരവൈ ആ ഞാണ് വലിച്ച വില്ലുപൊട്ടുന്ന ശബ്ദം കേട്ടപ്പോ ദേവന്മാർക്കെല്ലാം ദേവാൻ അരോ മഞ്ചയൽ അവർക്ക് അത്യന്തം രോമാഞ്ചം വന്നു കാരണം നാളെ എന്തായാലും കംസവധം നടക്കും എന്നുറപ്പായി അപ്പൊ ഭഗവാൻ കംസവധത്തിന് വന്നിരിക്കുകയാണ് ആ കംസവധം നാളെ തന്നെ നടക്കുമെന്നതിന്റെ സൂചനയാണ് ഇന്ന് ഈ അവർ സന്തോഷിച്ചു കംസനാണെങ്കിലോ കംസസ്യവേവത് കോതണ്ട് വില്ല് പൊട്ടുന്നത് അശുഖനമാണ് കാരണം പൂജിച്ച വില്ലാണ് ഈ ശിവനായി കണ്ട് പൂജിക്കുന്ന വില്ലാണ് ആ അതുകൊണ്ട് കംസന് ഭയങ്കരമായ പേടി വന്നു പറയുകയാണ് പേടികൊണ്ടയാൽ തന്റെ പുരുഷന്മാരാണെങ്കിലോ രക്ഷപുരുഷരാണെങ്കിലോ ഭഗവാൻ വില്ലിന്റെ ഒരു കഷ്ണം ജേഷനും ഒരു കഷ്ണം താനുമെടുത്ത് അവരെ കടിച്ച് അവരെയും കൊന്നു അവരുടെ കരച്ചിൽ അതും അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്ന് യുദ്ധത്തിന് കംസനെ വധിക്കുന്നതിന് മുമ്പ് തന്നെ തന്റെ പ്രഭാവം തന്റെ മഹത്വം ആ മധുരയിലുള്ളവർക്ക് കാണിച്ചു കൊടുത്തു പറയുകയാണ് എന്നിട്ടോ ശിഷ്ടൈ ദുഷ്ടജനീശ്ച ദുഷ്ടമഹിമാീത്യാ തദാ സമ്പശ്യൻ പുരസമ്പതം പ്രവിചരൻ സായം ഗതോവാടി ശ്രീതാം സഹരാധിഗാ വിരഹജം ഏതം പദൻ പ്രസവൻ ആനന്ദവതാരകാരിഗണനാൽ സംരക്ഷമാം അങ്ങനെ ഭഗവാൻ ചാപവഞ്ചനത്തിന് ശേഷം ശിഷ്ട്രീത്യാ ദുഷ്ടജനീ വീത്യാ ശിഷ്ടന്മാർക്ക് പ്രീതി കൊടുത്തുകൊണ്ടും ദുഷ്ടന്മാർക്ക് ഭീതി കൊടുത്തുകൊണ്ടും ദുഷ്ടമഹിമ തന്റെ മഹിമയെ കാണിച്ചു കൊടുത്തുകൊണ്ടും ഭഗവാൻ വാടികാം ഗതാം താമസിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു വന്നു അങ്ങനെ ഭഗവാൻ അവിടെ വന്നപ്പോ നന്ദഗോപുരി വെച്ചു അല്ല കൃഷ്ണ നല്ല ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ എവിടുന്നാണത് ു അമ്മാവൻ തന്നയച്ചാണ് അമ്മാവൻ അല്ല അവരൊക്കെ വല്ലതും നമുക്ക് തന്നാ നമ്മൾ തിരിച്ചു വല്ലതൊക്കെ കൊടുക്കണ്ടേ അവിടെ പറഞ്ഞു കൊടുത്തു അച്ചാന്ന് എന്താ കൊടുത്തത് ഇനി വേണ്ട എന്ന് പറഞ്ഞു കൊന്തുകാരിയൊന്നും പറഞ്ഞില്ല നന്ദകോ അവർക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന് ഏതായാലും ഭഗവാനും എല്ലാവരും അവിടെ താമസിക്കെന്ന് കിടക്കാൻ നേരത്തെ ഭഗവാൻ ഒരു ഖേദം പറഞ്ഞു ആരോടാ പറയുന്നത് സീതാമന ഇതൊന്നും ഭാഗവതത്തിലില്ലേ പട്ടതിരിപ്പാടിനെ നല്ലോണം ഗീതാഗോവിന്ദ സ്വാധീനിച്ചിട്ടുണ്ടല്ലോ ഇവിടെ കാണാം പറയാണ് രാധികാവിരഹജം എനിക്ക് രാധയെ വിട്ടുപോകുന്നത് വളരെ വിഷമം തോന്നുന്നു രാധയെ സ്മരിക്കുന്നു ഞാൻ ഏതായാലും ഉള്ളിന്റെ ഉള്ളിൽ ഭഗവാൻ ഇത് ശ്രീരാമാവിനോട് പറഞ്ഞുവെങ്കിലും പട്ടതിരിപ്പാടറിയാം അങ്ങനെയൊന്നും ഭഗവാൻ സെന്റിമെന്റലാവില്ല എന്ന് പറഞ്ഞു ഭഗവാൻ കൃഷ്ണനെ അങ്ങനെയൊന്നും കൊണ്ടുവരാൻ പറ്റില്ല ശ്രീരാമസ്വാമിയാണെങ്കിലും ഓക്കെ കൃഷ്ണന്റെ അടുത്തൊന്നും പറ്റില്ലയാണ് ഉടനെ മനസ്സിൽ പറയുകയാണ് അവതാരകാര്യഘടനാൽ ഓ അവതാരം എന്തിനാണോ വന്നിരിക്കുന്നത് അതെല്ലാം അതിന്റെ കാര്യഗൌരവത്തിലേക്ക് നടക്കുന്നുണ്ട് എന്ന് കണ്ടതും ഭഗവാൻ സന്തോഷിച്ചു എന്നാണ് ഇപ്രകാരം ഭഗവാൻ ആ ദിവസം അന്ന് രാത്രി ആ വാടിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഭഗവാന്റെ കംസമതം എന്ന് പറയുന്ന ലീലയാണ് അടുത്തത് എന്ന് നമുക്ക് നോക്കാം പ്രസ്തുതേ മയേ സങ്കേരാജാ ചഞ്ജാനപീഷിയതേ നന്ദഗോപേ വിഹമ്യം കംസേ സൗദാതിരുൂഢേ സാനുഗശാരുമേഷോ രംഗദ്വാരതോ ബോകുരയാ ഹീരനാഗാവലീനം അങ്ങനെ പിറ്റേ ദിവസം അതാണ് ശിവരാത്രി ദിവസം അന്നാണ് മല്ല്യുദ്ധം വെച്ചിരിക്കുന്നത് ആ മല്ലയുദ്ധത്തെ കാണാൻ വേണ്ടിയിട്ട് കംസൻ ക്ഷണിച്ചു വരിച്ചിരിക്കുന്ന ഗോജക്ഷിതിപതിവജസാ മല്ലതുര്യേ രാജ്ഞാം രാജാക്കന്മാരെ പലതിക്കിൽ നിന്നും വന്നിട്ടുണ്ട് കംസൻ വിളിച്ചു അവരൊക്കെ അവിടെ കെട്ടിയിണ്ടാക്കിയിരിക്കുന്ന കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നിന്ന് കാണാൻ പറ്റുന്ന വിധത്തിൽ കെട്ടിയിണ്ടാക്കിയിരിക്കുന്ന സ്ഥലത്ത് അവർക്കെല്ലാം പ്രത്യേകം പ്രത്യേക സ്ഥാനങ്ങളൊക്കെ വച്ചിട്ടുണ്ട് അവിടെയിരുന്നു അന്തഗോപരാണെങ്കിലോ ഹർമ്മ്യം ഗതേ ഒരു വീടിന്റെ മുകളിൽ മല്ലയുദ്ധം കാണാൻ ഭഗവാൻ പറഞ്ഞാൽ അച്ഛനെ അച്ഛൻ പോയിക്കൂടി ഞങ്ങൾ പുറകിൽ വരാം അച്ഛൻ വന്ന അപകടാണേ അത് കഴിഞ്ഞ് ഗോപന്മാരും ബലരാമസ്വാമിയുമൊത്ത് ഭഗവാൻ നല്ല മഞ്ഞപ്പെട്ട കൊടുത്തിട്ടുണ്ട് ഒരിത്തിരിയും അരയിൽ വലിച്ച് നല്ലോണം മുറുകെ കെട്ടിയിട്ടുണ്ട് എന്നിട്ട് ഓടക്കൊള്ളിലൊക്കെ വെച്ച് തിരികെയൊക്കെ റെഡി അന്ന് ഭഗവാൻ കുറച്ചുകൂടി മേക്കപ്പ് ഒക്കെ അന്നൊക്കെ ഒന്ന് സ്ട്രോങ് ബെൽറ്റൊക്കെ ഇട്ട് കെട്ടിയിട്ടുണ്ട് അന്ന് കളിക്കാനുള്ളതാണ് ഭഗവാൻ അങ്ങനെയൊക്കെ തയ്യാറായിട്ട് ചാരുവേഷ പീഡന ഭഗവാൻ അങ്ങോട്ട് കടക്കാൻ നേരത്ത് സാധാരണ എല്ലാവരും മഞ്ചത്തിലിരിക്കുക വേണ്ടത് ഗാലറിയിലിരിക്കുക വേണ്ടത് ഇത് ഭഗവാൻ ഗ്രൌണ്ടിലേക്കാണ് കടക്കുന്നത് ഗ്രൌണ്ടിലേക്ക് കടക്കാൻ നേരത്താണ് വഴി ഭഗവാൻ വരുന്ന വഴിയിൽ അരവച്ചിരിക്കുന്നത് ഹംസൻ പ്രത്യേകം പറഞ്ഞ് ഏർപ്പാടാക്കിയിരിക്കുന്ന ഒരാളായിരുന്നു ആനക്കാരൻ അവന്റെ കയ്യിലുള്ള ആനയോ കുവലയാ പീഠം മനുഷ്യരെ കൊല്ലാൻ എക്സ്പേർട്ടായിട്ടുള്ള ആന ചില ആനകൾക്ക് അങ്ങനെയുണ്ട് മനുഷ്യരെ കൊല്ലാൻ അത് എക്സ്പേർട്ടായിരിക്കും അപ്പൊ അങ്ങനെ മനുഷ്യരെ കൊല്ലാൻ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ആനയായിരുന്നു കുവലയാപ്പീടം അതിനെ വഴിയിൽ വെച്ചിരുന്നത് ഭഗവാൻ പറഞ്ഞു ഏ അമ്മട്ട മാറോളൂ തന്റെ മാ മാറ്റി ഞങ്ങൾ പോകട്ടെ അവനെന്ത് ചെയ്തു ആനയെ ഒരു കുത്തുകൊടുത്തു എന്നിട്ട് ഭഗവാന്റെ നേരെ ആനയെ വിട്ടു ഭഗവാൻ അപ്പോഴേക്കും അവന്റെ തലയ്ക്കൊരടിയടിച്ച് ഭഗവാൻ മല്ലയുദ്ധ രംഗത്തിലേക്ക് ആ പ്രീതിയിലേക്ക് പാട് പീഡനാകാതം അവിടെ മല്ലയുദ്ധത്തിൽ വഴിമുട്ടി നിൽക്കുന്ന ആനയെ കണ്ടു ഭഗവാൻ എന്നിട്ടോ പാപിഷ്ടേഹി മാർഗാ ദൃഢമിതി മതസാ നിഷുരക്കുദ്ധുദ്ധേ അമ്പേദിഗമ അതിന് ഗൃഹ്യമാണ കേജകലശരീര വർദ്ധി കുമസ മാർഗ്രുതം അപേഹി നീ മാർഗത്തിൽ നിന്ന് ആനയെ മാറ്റൂ ഞങ്ങളങ്ങോട് കിടക്കട്ടെ എന്ന് ഇത് പറഞ്ഞപ്പോ അവനെന്ത് ചെയ്തു അമ്പഷ്ട പ്രണോദാൽ അധിക ജോഷ അസ്ഥിനാഗൃഹ്യമാണ് അവൻ ആനയെ പ്രകോപിപ്പിച്ചു ആന നേരെ ഭഗവാന്റെ നേരത്തിരിഞ്ഞു ഭഗവാനാണെങ്കിലോ കേളീമുക്ത കളിക്കാൻ അധികം സാമർഥ്യമുള്ളവനാണ് ഭഗവാൻ കണ്ട് ഗോപി കുജക കലശം ചിരസ്പർദ്ദിനം ഗോപികമാരുടെ സ്ഥലത്തിൽ കൈവച്ചിരുന്ന ഭഗവാൻ ഈ ആനയുടെ മസ്തകം തൊടാൻ അധികം വിഷമമുണ്ടായില്ല പ്രിയെ ഒരൊറ്റ അടി കൊടുത്തു മസ്തകത്തിന് എന്നിട്ട് ഭഗവാൻ ആ ആനയുടെ കാലിന് പോയിട്ട് ഒളിച്ചിരുന്നു അതിനുശേഷം ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തു വരികയാണ് ആനയാണെങ്കിൽ ഇങ്ങനെ ചുറ്റ ഈ സാധനം എന്ന് ആനയെ എളുപ്പവഴി എന്ന് വെച്ചാൽ ആനയുടെ കാലിന്റെ ഇടയിൽ കൂടെ നടന്നാൽ ആനയ്ക്ക് പിടിക്കാൻ പറ്റില്ല കാരണം കുറച്ച് നീളം വീതിക്കുള്ള സാധനമാണല്ലോ അത് ചുറ്റുമ്പോഴേക്കും ഭഗവാൻ ഇപ്പുറത്തേക്ക് വരും വീട് അപ്പുറത്തേക്ക് വരും അവ കാലിന്റെ ഇടയിൽ കൂടെ കളിച്ച് കളിച്ച് കളിച്ച് കളിച്ച് ആനയുടെ പിടിയിൽ നിന്ന് ഭഗവാൻ മുക്തരായി ആനയ്ക്ക് ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി ഇവിടെ പോയി സാധനം അവസാനം ഭഗവാൻ അവന് മോക്ഷം കൊടുക്കുകയാണ് ഹസ്തപ്രാപ്തിഗമ്യോ ചടിമുനിജന ചെയ്വതാപൻ ഗജേന്ദ്രം ക്രീടന്നാപത്യഭൂമോ പുനരഭിവത തസ്യദന്തം സജീവം മൂലാതുന്മിച്ചതന്മൂലമിതമഹക്തികേതം ഭഗവാൻ മുനിജനസ ഹസ്തപ്രാപ്യ മുനീശ്വരന്മാർക്ക് കയ്യെത്താവുന്ന ദൂരത്തിൽ ഇരിക്കുന്നവനും എളുപ്പം പ്രാപിക്കാവുന്നവനും എന്നാൽ ഈ ഗജേന്ദ്രൻ തുമ്പിക്കൈ കൊണ്ട് പിടിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അകന്നകന്നു പോകുന്നവനും എന്ന് വെച്ചാൽ എന്താർത്ഥം പ്രേമമുള്ളവർക്ക് പ്രാപിക്കാൻ സാധിക്കുന്നവനും ദുഷ്ടന്മാർക്ക് പ്രാപിക്കാൻ സാധിക്കാത്തവനുമായ ഭഗവാൻ കുറേ നേരം ധാവൻ ക്രീടൻ കുറേ നേരം ചുറ്റിക്കൊണ്ട് അവനെ കളിപ്പിച്ചു പിന്നീട് ഭഗവാൻ ഭൂമന്നാപത്യ ഭൂമിയിൽ വീണുകൊണ്ട് അവനത് ആ കുത്താനായിട്ട് വരുമ്പോഴേക്കും ഭഗവാൻ ഒരു മാറിക്കളയും ഒരു നിമിഷം ഭഗവാൻ അവൻ കുത്താൻ വന്നതും ഇതൊക്കെ നല്ല ധൈര്യമുള്ളവർക്കേ പറ്റുള്ളൂ ആനയെ കണ്ടാതെ തന്റെ ജീവൻ പോവും നമുക്ക് കുത്താൻ വരുന്ന ആനയെക്കുറിച്ച് ഇതൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷെ ഭഗവാനെ സംബന്ധിച്ച് അല്പം പോലും ഭയണ്ടായില്ല ഭഗവാൻ എന്ത് ചെയ്തു ഒരു നിമിഷം ആന കുത്താൻ വേണ്ടി മുട്ടുമടക്കി തുമ്പിക്കൈയൊക്കെ ചുരുട്ടി ആന ആ കൊമ്പും താഴ്ത്തിയതും ഭഗവാൻ മസ്തകത്തിൽ കയൽ വെച്ചുകൊണ്ട് രണ്ട് കൈയും വെച്ച കൊമ്പ് വലിച്ചെടുത്തതാണ് ഉന്മല്യ എന്താണ് സജീവം മൂ തസ്യദന്തം സജീവന്മൂലാധുന്മല്യ അവന്റെ ദന്തം വലിച്ചെടുത്തുവെന്നാണ് ആ രണ്ടു കൊമ്പുകളും വലിച്ചെടുത്തു അവൻ മസ്തകത്തിൽ ആഞ്ഞൂങ്ങി ഒരൊറ്റ അടി കൊടുത്തതും അവൻ പ്രാതാസ്ഥം അവൻ അവൻ വീണുവെന്നാണ് അവൻ അവിടെ മരിച്ചു വീണു ഇനി പട്ടതിരിപ്പാടിന്റെ മനോരഥം വരുകയാണ് പറയാണ് ആ കൊമ്പിന്റെ അറ്റത്ത് പൊതുവെ ആനകൾക്ക് ഒരു വിശ്വാസമുണ്ട് ആനയുടെ കൊമ്പിനറ്റത്ത് എന്തുണ്ടാവും അത്രേ മുത്തുകളും രക്തങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കുന്ന കൊമ്പിൽ ഉണ്ടാവുന്ന രൂപാന്തരം വരുന്ന ചില സാധനങ്ങൾ മുത്തുപോലെയൊക്കെ തോന്നിക്കുന്നതാണ് മൗത്തികാരി മുത്തുകൾ ഇത് കണ്ടിട്ട് ആത്മമിത്രേ പ്രദാസ്ത്വം ശ്രീരാമാവിനെ വിളിച്ചു ഇവിടെ വരുമെന്ന് എന്നിട്ട് ആർക്കാണ് രാധികാരി ആ സമയത്ത് ഭഗവാൻ രാധയോർക്ക് ഇതൊന്നും ഭാഗവതത്തിലില്ലേ ഭട്ടുതിരിപ്പാടുന്നൊക്കെ ലേശം ചേർത്തതാണ് അങ്ങനെ ആ സമയത്ത് രാധയൊക്കെ ഉറക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഈ മുത്തുകളെക്കൊണ്ട് ഇത് രാധയ്ക്കുണ്ടാക്കി കൊടുക്കണമെന്ന് ശ്രീതാമാവിനോട് പ്രത്യേകം പറഞ്ഞു കൊന്നാണ് അതാണ് നാരായണീയത്തിന്റെ രസവും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നാരായണീയത്തിലൂടെ കാണാൻ പറ്റുള്ളൂ അങ്ങനെ ഭഗവാനെ ഏൽപ്പിച്ചു അതാണ് ആ പ്രേമ ഭഗവാൻ അപ്പോഴും പ്രേമമാണ് നമുക്ക് ഒരു വശത്ത് കൊല്ലുമ്പോഴും ഭഗവാന്റെ മനസ്സ് ആ കുവലയാപീഠത്തെ സന്തോഷമോ ആരവോ അപ്പോഴും പ്രേമമുള്ളവരെക്കുറിച്ചുള്ള സ്മരണ അതായിരിക്കാം പട്ടതിരിപ്പാട് ഭഗവാൻ ഒരിക്കലും ഭക്തനെ മറക്കില്ല എന്ന് പറയാനായിരിക്കാം ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നിട്ടോ കൃണ്ാനം ദന്തമംസേ യുതമിതഹരിന രംഗമംഗാവിചന്തം ത്വാ മംഗലാങ്കമംഗീരമസു സഹതമനോ ലോചനാ വിക്ഷലോക ഹംഹോധന്യോ ഹി നന്ദോ നി നഹി പശുപാലങ്കനോ യജോദ ന്യേഷണ സമസ്ത്ര ജഗതി വയമേ വേദി ഈ ശ്ലോകം മട്ടുതിരിപ്പാട് ഭാഗവതത്തിലെ ഒരു പ്രധാനപ്പെട്ട ശ്ലോകത്തിന് അദ്ദേഹത്തിന്റെ രീതിയിലൊരു വ്യാഖ്യാനം കൊടുക്കുകയാണ് പറയണോ ദന്തം മംസേ കൃണ്ണാനം ദന്തം കയ്യിൽ വെച്ചുകൊണ്ട് ആനക്കൊമ്പ് കയ്യിൽ വെച്ചുകൊണ്ട് ഹലിനായുധം രാമന്റെ കൂടെ രാമനും കൊടുത്തൊരു ആനക്കൊമ്പ് എന്നിട്ടോ യുധം ആവിശന്തം കൊമ്പൊക്കെ വെച്ച് മല്ലയുദ്ധത്തിലേക്ക് കെട്ടൊക്കെ കെട്ടി വരുന്ന കൃഷ്ണന്റെ ഇത് കഴിച്ചിട്ട് കണ്ടിട്ട് ലോക അവിടെയിരുന്ന ആളുകൾ പറയാണ് അവരെ വെണ്ണ് കട്ടുകൊണ്ടല്ലേ ഭഗവാൻ ജീവിച്ചതൊക്കെ ഗോപികമാരാണ് ധന്യന്മാര് ഒരാൾ പറഞ്ഞു നോ യജോദ ആരാണ് സന്യം ആരുടെ സന്യമാണോ കുടിച്ചത് ആ യശോദയാണ് ധന്യയായിട്ടുള്ളത് നോ നോ നോ നോ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷല്ലേ സംസ്കൃതത്തില് ന അല്ല അല്ല ആരല്ല അവരും നല്ല ധന്യാത്മാക്കൾ പിന്നെയോ പ്രത്യക്ഷമായി കൃഷ്ണന്റെ ലീല കാണാൻ സാധിക്കുന്നുണ്ടല്ലോ നമ്മൾ തന്നെയാണ് ധന്യാത്മാക്കൾ എന്നിപ്രകാരം വയമേവധന്യാസ്മ ഇപ്രകാരം ഓരോരുത്തരും കൃഷ്ണന്റെ സാന്നിധ്യത്തെ ധന്യതയോട് അനുഭവിച്ചു എന്നാണ് ഇത് ഭാഗവതത്തിലെ ഒരു പ്രസിദ്ധമായ വരികളുണ്ട് മല്ലാനാമശനിന്ദ്രനാം നരവര സ്ത്രീണാം സ്മരോമൂർത്തിമാൻ ഗോപാനം സ്വജനോസതം ക്ഷിരിഭുജാം ശസ്ത്രേത്വ പിത്രോശിശൂ ഇപ്രകാരം പറയാണ് ഭഗവാനെ മല്ലാനാമശനിർ നൃണാംനവര ശ്രീനാംനരോമൂർത്തിമാൻ ഭഗവാൻ ആ രംഗവേദിയിലേക്ക് വരുന്നത് കണ്ടിട്ട് മല്ലാലാം അചനിൽ മല്ലന്മാർക്ക് തങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ശക്തൻ വരുന്നത് പോലെ തോന്നി ഇടിമിന്നൽ പോലുള്ള ഒരാൾ നൃണാംനരവര രാജാക്കന്മാർക്ക് ശ്രേഷ്ഠനായൊരു രാജാവ് വരുന്നത് പോലെ തോന്നി പിന്നീട് ഗോപസ്ത്രീ അവിടെയുണ്ടായിരുന്ന സ്ത്രീകൾക്ക് ആരായിട്ട് കാമദേവൻ മാലയുമായിട്ട് വരുന്നത് പോലെ തോന്നി അതുകഴിഞ്ഞ് പിത്രോശിച്ചു ഭഗവാന്റെ കയ്യിൽ കൊമ്പ് കണ്ടിട്ട് അച്ഛനമ്മമാർക്ക് തോന്നിയത് ഫീഡിംഗ് ബോട്ടിലായിട്ട് കൃഷ്ണൻ പോലെ തോന്നിയത് ഗോപാനം സജനോ ഗോപന്മാർക്ക് ഇത് നമ്മുടെ സ്വന്തം കൃഷ്ണനല്ലേ അവർക്ക് കുട്ടിയായിട്ട് കൃഷ്ണനെ കാണാൻ സാധിച്ചു മൃത്യുർഭോജവതേ അവിടെയിരിക്കുന്ന കംസന് സാക്ഷാൽ മൃത്യുദേവൻ വരുന്നത് പോലെ തോന്നി വൃഷ്ണീനാം പരദേവദേദി യാദവന്മാർക്ക് മനസ്സിലായി നമ്മുടെ കുലത്തെ രക്ഷിക്കാൻ വന്ന അവതാരമൃത്തിയാണ് കൃഷ്ണനെന്ന് എന്നാൽ തത്വം പരം യോഗിനം യോഗികൾക്ക് അന്തരാത്മാവ് തന്നെയാണ് രൂപമെടുത്ത് വന്നിരിക്കുന്ന കൃഷ്ണൻ എന്ന് മനസ്സിലായി ഇപ്രകാരം പലരും ഒരേ കൃഷ്ണനെ പല രീതിയിൽ കണ്ടുവന്ന് കൃഷ്ണൻ എന്നാണെങ്കിലും കാഴ്ച പല വിധത്തിലാണ് ദൃശ്യം അനവധിയാണ് അതുകൊണ്ടുണ്ടല്ലോ പലരും ദൈവീക സങ്കല്പം പല വെച്ചിരിക്കുന്നത് ആർക്കും തെറ്റല്ലത് അവരവരുടെ തലത്തിലെ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ തിരിച്ചറിയേണ്ടത് നാം ഇന്ന് ചെയ്യുന്നത് മാത്രമാണ് ഭക്തി എന്ന് തെറ്റിദ്ധരിച്ചാൽ തെറ്റായി മനസ്സിലായി ഭക്തിക്ക് അനവധി പടികളുണ്ട് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം നമ്മൾ ക്രമേണ ക്രമേണ ഒരു പടിയിൽ നിന്നും മറുപടിയിലേക്ക് എത്തണം ഒരേ പടിയിൽ ഉറച്ചു പിടിച്ചു നിൽക്കുമ്പോഴാണ് നമുക്ക് ഉയർച്ചയില്ലാത്തത് കൂടുതൽ കൂടുതൽ നമ്മൾ ഉയരാൻ ശ്രമിക്കണം ഇങ്ങനെ ഒരേ സത്യത്തെ പലരും പല ദൃഷ്ടിയിലും കണ്ടു പോകുന്നതാണ് നാം ഏത് ദൃഷ്ടിയിലും നിങ്ങൾ ഭഗവാനെ കാണുന്നു ദൃഷ്ടിയിൽ മനസ്സിലാക്കുന്നു ആ രീതിയിലായിരിക്കും കാണുന്നത് ഈഫ് യുവർ വിഷൻ ഈസ് ക്ലിയർ യുവർ മിഷൻ ആസ് ടു ബി ക്ലിയർ നിങ്ങളുടെ വിഷൻ ക്ലിയറാണോ നിങ്ങളുടെ അറിവ് വ്യക്തമാണെങ്കിൽ കാഴ്ചയും വ്യക്തമാണ് നിങ്ങളുടെ അറിവ് ശരിയല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചയും തെറ്റും നിങ്ങൾക്ക് കൃഷ്ണൻ എന്ന് പറയുന്നത് വിഗ്രഹമായിരിക്കും നിങ്ങൾക്ക് കൃഷ്ണനെ പൂക്കളെക്കൊണ്ട് പൂജിച്ചാലേ സമാധാനം വരുള്ളൂ അതെന്തുകൊണ്ടാണിത് നിങ്ങളുടെ കാഴ്ച നിങ്ങളുടെ അറിവ് അങ്ങനെയാണ് നിൽക്കുന്നത് നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ആത്മാവായിട്ടാണെങ്കിൽ നിങ്ങൾ പൂക്കളായി കാണുന്നത് നിങ്ങളുടെ മനസ്സിനെയായിരിക്കും മനസ്സിലായില്ലേ നിങ്ങൾക്ക് പൂക്കളായി എന്തിനെ അർപ്പിക്കാൻ പറ്റും നിങ്ങളുടെ മനസ്സിനെ തന്നെ അതിന് നിങ്ങൾക്ക് പ്രത്യേകം പൂജയൊന്നും വേണ്ട ഒരു ഭാഗത്തിരുന്നാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അരിലേക്ക് നിങ്ങളെ ഉയർത്താം ഭഗവാനിലേക്ക് ഉയർത്താം മനസ്സിലാവുന്നുണ്ടല്ലോ ശങ്കരാചാര്യസ്വാമികൾ അദ്ദേഹം അനവധി കൃതികളും അനേകം ക്ഷേത്രങ്ങളും പലതും നിർമ്മിച്ചിട്ട് അവസാനം പറഞ്ഞൊരു ശ്ലോകമുണ്ട് ശങ്കരാചാര്യസ്വാമികളുടെ ജീവിതത്തിലെ അവസാന സമയത്ത് മുപ്പത്തിയൊന്നാമത്തെ വയസ്സിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ മൂന്ന് അപരാധം ചെയ്തു ഭഗവാനേ ശ്രദ്ധിക്കണത് ശങ്കരാചാര്യസ്വാമികൾ എഴുതി വെച്ച എത്ര അപരാധം മൂന്നെണ്ണം എന്താണ് മൂന്നപരാധം ഒന്ന് സർവവ്യാപിയായിരിക്കുന്ന അങ്ങയെ ഞാൻ അന്വേഷിച്ച് തീർത്ഥാടനം ചെയ്തു എന്റെ ഹൃദയത്തിലുണ്ടായ അങ്ങയെ ഹൃദയത്തിൽ കാണാതെ ഞാൻ അന്വേഷിച്ച് തീർത്ഥാടനം ചെയ്തു ഇതൊരപരാധ ഞാൻ ചെയ്തത് രണ്ടാമത്തത് ഞാൻ ചെയ്തിരിക്കുന്ന അപരാധം എന്റെ ആത്മാവ് തന്നെയായ അങ്ങയെ ഞാൻ വിഗ്രഹത്തിൽ കണ്ടർച്ചു ശരിക്കും ഞാൻ കാണേണ്ടത് ആത്മാവായിട്ടാണ് അങ്ങേ ഒരു വിഗ്രഹത്തിൽ ഞാൻ ചെറുതാക്കി വെച്ചു മൂന്നാമത്തത് ഞാൻ ചെയ്തത് വാക്കുകൾക്കതീതമായി ഞാൻ അങ്ങേ വാക്കുകൾക്കുള്ളിൽ പരിമിതനാക്കാൻ നോക്കി ചെറുതാക്കാൻ നോക്കി അങ്ങേ ഒരു വാക്കുകൊണ്ടും പറഞ്ഞ് മനസ്സിലാക്കാൻ സാധ്യമല്ല യു ആർ ബിയോണ്ട് എവിടുത്തി ഇത് ശങ്കരാചാര്യസ്വാമികൾ പറയുന്നത് അവസാന സമയം അദ്ദേഹത്തിനറിയാം യഥാർത്ഥമായ സത്യം എന്ന് പറയുന്നത് ശബ്ദാതിക ശബ്ദസഹ ശിശിര സർവരീകര വിഷ്ണു സാഹസമാണ് ശബ്ദ ശബ്ദങ്ങൾക്കെല്ലാം അതീതനാണ് ഭഗവാൻ അതുപോലെ നമ്മൾ ഈ ചെയ്യുന്ന പൂജകൾക്കൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ഭഗവാനെ പരിമിതപ്പെടുത്തുന്നതാണ് മനസ്സിലാക്കണം എല്ലാ പരിമിതികൾക്കും അതീതനാണ് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ സെല്ലുകളിലും ആ ചൈതന്യം നിറഞ്ഞിരിക്കുന്നു ഒരു മുടിയെടുത്ത് വലിച്ചാൽ പോലും നിങ്ങൾക്ക് വേദനയുണ്ടെങ്കിൽ ആ വേദനയ്ക്ക് കാരണം അതിന് പിന്നിൽ ഭഗവാന്റെ സാന്നിധ്യം നിങ്ങളുടെ കാലിലെ നഖം ഒരാൾ തൊട്ട് അത് വലിച്ചു അതിന് വേദനയുണ്ടെങ്കിൽ അതിന് പിന്നിലും ഭഗവാന്റെ സാന്നിധ്യം എവിടെയാ ഭഗവാനില്ലാത്തത് വെറും ഒരു വിഗ്രഹത്തിൽ മാത്രമാണോ സർവത്ര നിറഞ്ഞിരിക്കുന്നു അപ്പൊ നമുക്ക് അവസാനം ചെയ്യാവുന്നത് ഒന്നു മാത്രമേ ഉള്ളൂ സർവധർമാൻ മേഘം നമ്മളെ തന്നെ ഭഗവാനിൽ സമർപ്പിക്കും ഇതാണ് നമ്മൾ എത്തേണ്ടത് ബാക്കി നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഞാനെന്ന വ്യക്തിത്വം ഭഗവാനിൽ നിന്ന് മാറി നിൽക്കുകയാണ് നമ്മൾ നമ്മളെ തന്നെ ഭഗവാനിലേക്ക് സമർപ്പിക്കണം അതിനു വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെയൊക്കെ നമുക്ക് ഓരോ ശ്ലോകങ്ങളിലൂടെ പറഞ്ഞു തരുന്നത് ഓരോരുത്തരും ഭഗവാനെ അവരുടെ തലത്തിൽ കാണാൻ കാരണം ഭഗവാനെ അവരുടെ അറിവ് അപ്രകാരമായിരിക്കും അതുകൊണ്ട് ഒരാളുടെ കാഴ്ചയും തെറ്റല്ല കാരണം ഒരു കുട്ടി കാണുന്നത് അച്ഛൻ ഓഫീസ് വിട്ട് വരുന്ന സമയത്ത് ടൌണിൽ നിന്ന് ഒരു മുഖംമൂടി മേടിച്ചു ഒരു എന്താണ് കുട്ടികളുടെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ ഈ ഗോസ്റ്റ് പോലുള്ള കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ ഏ സ്പൈഡർമാൻ ഒക്കെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ മുഖംമൂടി വാങ്ങിക്കാൻ കിട്ടും കുട്ടി അതൊന്ന് അച്ഛൻ മേടിച്ചു പിന്നീട് അച്ഛൻ അത് തലയിൽ അങ്ങട്ടിട്ടു കോളിയുമ്പല്ലടിച്ചു കുട്ടിക്കറിയാം അച്ഛൻ വരുമ്പോ ചോക്ലേറ്റ് കൊണ്ടിരുന്ന് കുട്ടി ഡോർ എന്ന് പറഞ്ഞ അലറി ഓടണു അടുത്ത് വന്നിട്ട് പറഞ്ഞു പ്രേതം പ്രേതം പ്രേതം എന്ന് അമ്മയ്ക്കറിയാം ആ സമയത്ത് പ്രേതം യാതൊരു കൺഫ്യൂഷനില്ല കാരണം ഈ പ്രേതവുമായിട്ട് നാൽപ്പത് കൊല്ലം ജീവിക്കുന്നതാണ് കൺഫ്യൂഷനില്ലേ അമ്മയ്ക്ക് അമ്മ വന്നു നോക്കുമ്പം അമ്മ അത് പോയതേ ഇല്ല കുട്ടി വരണേ പ്രേതം പ്രേതം പ്രേതം നാം അലറുന്നുണ്ട് ഉടനെ തന്നെ കുട്ടിയോട് അമ്മ പറഞ്ഞു കുട്ട ആ പ്രേതം നമ്മുടെ കൂടെ നാപ്പത് കൊല്ലുള്ളതാ കുട്ടിക്ക് പരിചയമുള്ള പ്രേതാ കുട്ടിയൊന്ന് ഡ്രസ്സിലേക്ക് നോക്കൂ അപ്പൊ പ്രേതത്തിനെ മനസ്സിലാക്കാൻ പറ്റും മുകളിലെ അച്ഛൻ എങ്ങനെയൊക്കെ വന്നിട്ടുള്ളൂ നോക്കൂ കുട്ടിയെ നോക്കുമ്പോ ഡ്രസ്സൊക്കെ പ്രേതത്തിന്റെ അല്ല അച്ഛന്റെയാണ് അപ്പൊ മുഖംകൂടി അണിഞ്ഞിരിക്കുന്ന സ്വന്തം അച്ഛനെ കുട്ടിക്ക് ആരെ കാണാൻ പറ്റിയില്ല അച്ഛനെ കാണാൻ പറ്റും എന്നാൽ അത് കാണാതെ തന്നെ അമ്മയ്ക്കറിയാം ഇത് പ്രേതമല്ല ഹസ്ബൻഡാണ് കാരണം ഇത്രയും കൊല്ലത്തെ ബന്ധം നമ്മൾ ഓരോ തലത്തിൽ നിൽക്കുന്നു ആ തലത്തിൽ ഇന്നേ നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ചിലവരൊക്കെ ഇപ്പോഴും കുട്ടികൾ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അവർക്ക് വിഗ്രഹങ്ങളും അതിൽ പൂജകളും അതിലേ ഈശ്വരനുള്ളൂ എന്നുള്ളതാണ് അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവരിപ്പോഴും അവിടെ എത്തിയിട്ടുള്ളൂ നമ്മൾ അതിൽ നിന്നൊക്കെ എന്ത് വേണം പടി പടി പടിയാറും കാടന്നവിടെ ചെല്ലും ശിവനെ കാണാകും ശിവശംഭൂ പടികടക്ക് തന്നെ വേണം അവിടെ തന്നെ നന്നാൽ ശിവനെ കാണാൻ പറ്റില്ല വേറെ ശിവന്മാരെയൊക്കെ കാണാം മനസ്സിലായില്ലേ അതുകൊണ്ട് നമ്മളിത് ഉൾക്കൊള്ളൂ നിങ്ങൾ ഒരു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേദനാത്മകമായിരിക്കാം പക്ഷെ സത്യം സത്യമാണ് സത്യത്തിന് മുമ്പിൽ രണ്ടില്ല അവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നാണ് ശാസ്ത്രം പറയുന്നതെങ്കിൽ നാം നമ്മളെ തന്നെ ഭഗവാനിൽ സമർപ്പിക്കണം അതിലേക്കാണ് ആത്മനിവേദനം എത്തേണ്ടത് അതിനുവേണ്ടിയിട്ട് ഈ പടികളിലൂടെയൊക്കെ നമുക്ക് കടന്നു പോവാം ആ പടികളാണ് പടികളൊക്കെ നമ്മൾ ഉപയോഗിക്കുകയും വേണം അതിനെ ഒരു പടി ചവിട്ടിക്കഴിഞ്ഞാൽ എന്നും നിൽക്കരുത് ഉടനെ അത് കടക്കുകയും വേണം അവിടെ തന്നെ നിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പടിയിലേക്ക് വരാൻ സാധ്യമാവില്ല ഇപ്രകാരം കണ്ടു എന്ന് പറയുന്നത് എന്നിട്ടോ പൂർണ ബ്രഹ്മൈവ സക്ഷാൽ നിരവധി പരമാനന്ദസന്ദ്രകാശം ഗോവേഷുത്തീ നഗലു ബഹുജനി തോ ദൃഷ്ടം തദേദമുഗതി പുണ്യകാ ജനോ ഗ പൂർണ്ണാനവിപ സരസമവിജഗോ ഭട്ടതിരിപ്പാട് ആ ഗുരുവായൂരപ്പനെ വർണ്ണിക്കുകയാണ് ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ട് ആദ്യം തന്നെ തുടങ്ങുന്ന സാന്ദ്രാനന്ദബോധം ഇവിടെയും പട്ടതിരിപ്പാട് ആ ഗുരുവായൂരപ്പനെ പൂർണ്ണം ബ്രഹ്മൈവ ഭഗവാൻ പൂർണ്ണ ബ്രഹ്മന ബ്രഹ്മം തന്നെയാണ് പൂർണ്ണ ബ്രഹ്മ പൂർണ്ണം എന്ന് പറഞ്ഞാൽ സർവത്ര നിറഞ്ഞിരിക്കുന്നത് നോക്കൂ വളരെ ശ്രദ്ധിക്കൂ പ്രയോഗമൊക്കെ സർവത്ര നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ും ഇരിക്കുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഈ പ്രയോഗം ആകാശം സർവത്ര നിറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഇരിക്കുന്നത് സ്പേസിലാണ് ഇന്ന് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ പകുതി ആകാശമേ കാണുന്നുള്ളൂ ഭൂമിയെ നമ്മൾ പൂർണ്ണമായ ഒരു ഗ്രഹമായി നമുക്കിവിടുന്ന് കാണാൻ പറ്റുന്നില്ല നേരെ നിങ്ങൾ ചന്ദ്രനെ നോക്കുമ്പോഴോ ചന്ദ്രന്റെ ഒരു ഗ്രഹമായി നമുക്കിവിടുന്ന് അപ്പൊ ചന്ദ്രന്റെ എല്ലാ ഭാഗത്തും നമുക്ക് ആരെ കാണാൻ പറ്റും ആകാശത്തെ കാണാൻ പറ്റും എന്നാൽ നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു മാത്രമേ നമുക്ക് ആകാശം കാണാൻ പറ്റുള്ളൂ ഭൂമിയുടെ മറുവശം നമുക്ക് കാണാൻ സാധ്യമല്ല ഇതുപോലെ നമുക്ക് ഇന്ന് നമ്മുടെ വ്യക്തിത്വത്തിൽ ഒരു മാത്രമേ കാണുന്നുള്ളൂ അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് ഉള്ളിലുള്ള ജീവൻ ഈശ്വരനാണ് വാസ്തവത്തിൽ ഉള്ളിലും ഈശ്വരനാണ് പുറത്തും ഈശ്വരൻ പൂർണ്ണം ബ്രഹ്മ ഭഗവാൻ പൂർണ്ണനാണെങ്കിൽ ആ പൂർണ്ണതയിലാണ് നിങ്ങളും ഞാനും ഇരിക്കുന്നതെങ്കിൽ നമ്മളും മാറി തന്നെ ഇരിക്കണം ഭഗവാൻ തന്നെയല്ലേ മനസ്സിലാവുന്നുണ്ടല്ലോ പൂർണ്ണമായിരിക്കുന്ന ഭഗവാനിൽ തന്നെയാണ് വെള്ളത്തിലാണ് കുമിള ഇരിക്കുന്നതെങ്കിൽ ആ കുമിളയും ആ ബബിളും നത്തിംഗ് ബട്ട് വാട്ടർ തന്നെയല്ലേ വെള്ളം തന്നെയല്ലേ അപ്പൊ നമ്മളും മാറി തന്നെയാണ് ഭഗവാൻ പക്ഷെ ഇപ്പൊ നമുക്ക് ആ ബോധം വന്നിട്ടില്ല അപ്പൊ നമ്മൾ ഉറപ്പിക്കേണ്ടത് ഭഗവാൻ എന്ന് പറയുന്ന ശക്തിയിലാണ് ഓരോ നിമിഷവും ഞാൻ പൂർണ്ണം ബ്രഹ്മേവ സാക്ഷാൽ നിരവധി പരമാനന്ദതന്ത്രപ്രകാശം ഉള്ളിൽ നിരന്തരമായ ചൈതന്യപ്രകാശത്തോടെ വിലസുന്ന ആ ഭഗവാൻ ഗോപേഷം വിലാസി ആ ഗോപന്മാരുടെ കൂടെ ഒരു കുട്ടിയായി നടക്കുന്നത് കണ്ട് ഗലു ബഹുജിനി താവദേവേ ദോഭൂ ആളുകൾക്ക് ആ മഹിമ മനസ്സിലായി ആനക്കൊമ്പ് വലിച്ചെടുത്തപ്പോ തന്നെ മനസ്സിലായി സാധാരണ കുട്ടിയല്ല ദൃഷ്ടം തതേതം പ്രഥമ ഭഗതി പുണ്യകാലേ ജനൗഹ ഭഗവാനെ അവര് തങ്ങളുടെ ഹൃദയത്തിൽ പൂർണാനന്ദവിഭാഗ അവരെ പൂർണ്ണാനന്ദ സ്വരൂപനായി കാണാൻ സ്മൃതാനി അവർക്ക് സാധിച്ചു പരമാനന്ദ സ്മൃതരായി അവര് ഭഗവാനെ കണ്ടുകൊണ്ട് ആനന്ദത്തിൽ പുകഴ്ത്തിപ്പാടി ഭഗവാനെ അവർ സ്തുതിച്ചു വരെയാണ് ഇപ്രകാരം നമ്മൾ ഭഗവാനെ കാണേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലും കാണണം പിന്നീട് നമ്മൾ അറിയേണ്ടത് നമ്മളിരിക്കുന്നത് തന്നെ ഭഗവാനാകുന്ന ചൈതന്യത്തിലാണ് അദ്ദേഹമില്ലെങ്കിൽ ഞാനില്ല എന്റെ ഓരോ ശ്വാസത്തിനും പിന്നിൽ ഇരിക്കുന്നത് ഭഗവാനാണ് സത്യമാണ് അല്ലെ ശ്വാസം അകത്തേക്ക് പോകുന്നത് നമ്മുടെ കഴിവുകൊണ്ടാണോ ഉള്ളിലാ ചൈതന്യമുള്ളതുകൊണ്ടല്ലേ ഓരോ ശ്വാസത്തിനും ഹരേ ഭക്തിജകൽപദേ ശ്വസൻ ഓരോ ശ്വാസത്തിനും പിന്നിൽ ആര് തന്നെയാണ് ഭഗവാൻ തന്നെയാണെന്നുള്ള ബോധം നമ്മൾ ക്രമേണ ക്രമേണ കൊണ്ടുവന്ന് ഭഗവാനില്ലാത്തതായൊരു നിമിഷം എന്റെ ജീവിതത്തിൽ എപ്പോഴും ഭഗവാനുണ്ട് ഭഗവാന്റെ കാരുണ്യമാണ് ജീവിതം ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണമെന്ന് പറയാം എന്നിട്ടോ ചാണോരോ മല്ലവീര കതന നൃപകിരാഷ്ടിഗോ മുഷ്ടിശാഹലി ത്വാം രാമം ചാപിപേരെ മുഷ്ടിവാദാതിരൂക്ഷം ഉത്പാദാപാദനാകർഷണ വിവിതരണ ഞാസദാം തത്വചിത്രം മൃത്യോ പ്രാഗേവമല്ല യം അങ്ങനെ ഭഗവാൻ അങ്ങോട്ട് പ്രവേശിക്കുന്ന സമയത്ത് ആദ്യം കുവലയാപീടത്തിനെ കൊണ്ട് കൊല്ലണം രണ്ടാമത് ചാണൂരനെ കൊണ്ടും മുഷ്ടികനെ കൊണ്ട് കൊല്ലണം എന്ന് കംസൻ നിശ്ചയിച്ചിരുന്നു ഇപ്പോഴിതാ ചാണൂരനും മുഷ്ടികനും ചാടിവീരും മല്ലവീരന്മാരാണ് ആളുകൾ പറഞ്ഞു കഷ്ടം കഷ്ടം ഈ ഉണ്ടികളെ കൊല്ലാൻ ഇത്ര വലിയ മല്ലന്മാരോ ഭഗവാനെ ചോദിച്ചു കഷ്ടമല്ലേ ഞങ്ങളെ ബാലന്മാരെ ഇങ്ങനെ നിങ്ങൾ മല്ലന്മാരെ വന്നിരിക്കുന്നതെന്ന് അപ്പൊ മുഷ്ടികൻ പറയാണ് ആ ആനെ ഇടിക്കുമ്പോഴേ കണ്ടു സംഗതി ഇത്രയേ ഉള്ളൂ പറഞ്ഞിട്ടില്ല പുറമേന്ന് നോക്കിയാൽ ആൾ ഇത്രയുള്ളൂ പക്ഷെ ഉള്ളില് സ്ട്രോങ് ആണെന്ന് മനസ്സിലായി നിങ്ങൾ സാധാരണക്കാരല്ല എന്ന് മനസ്സിലായി എങ്കിലും ഭഗവാൻ യുദ്ധത്തിനായി തയ്യാറായി ചാണൂരൻ ഭഗവാനോടും മുഷ്ടികൻ രാമം ചാതി രാമനോടും ഏറ്റുമുട്ടി ഝട ടടി അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഞട്ടിക്കാൻ തുടങ്ങി കുറെ കഴിഞ്ഞ് മുഷ്ടിപാദാതിരൂക്ഷം അങ്ങോട്ടും മറഞ്ഞും ഇടിച്ചും മറഞ്ഞും വീണ്ടും ഉരുണ്ടും അവസാനം ഭഗവാൻ നിശ്ചയിച്ചു ചായ കുടിക്കാനുള്ള സമയായി ഇനി അവരെ വെച്ചിരിക്കേണ്ട മൃത്യോ പ്രാഗേവമല്ല പ്രകുരം അവൻ മുമ്പ് തന്നെ ഭഗവാന്റെ മഹിമ മനസ്സിലായപ്പോൾ അവൻ അറിയാമായിരുന്നു ഭഗവാന്റെ കൈകൊണ്ടായിരിക്കും മരണമെന്ന് അങ്ങനെ ഭഗവാൻ നല്ല അടി കൊടുത്ത് ചാണൂരനെ കൊന്നു ബലരാമസ്വാമിക്ക് കണ്ടിട്ട് കാണിച്ചെടുത്തു വേഗം തീർത്തോട് വന്നു ബലരാമസ്വാമി മുഷ്ടികനെയും ഒന്നു പൂരിശോ ബന്ധമോക്ഷാൻ അവർക്ക് രണ്ടുപേർക്കും മോക്ഷം കൊടുത്തു എന്നിട്ടോ ഹാദി കഷ്ടം കുമാരോ സുലിതമപുഷോ മല്ലവീരോ കടോരോ നദൃക്ഷമോ വ്രാമത്തൊരിതമിതി ജനീ ആശമാണേ തീരം തം കരോ ബ്രഹ്രാഹ്മണവികളദസും ബോധയാമസി ദോർവ്യാ വിഷ്ടോഭോന്മുഷ്ടിഗോപീ ര േ കഷ്ടം കഷ്ടം ഈ ചെറിയ കുട്ടികളെ കൊല്ലാൻ കംസൻ ഇത്ര വലിയ ഭീകരന്മാരെ വെച്ചിരിക്കുന്നു സുലളിത എത്ര പാവങ്ങളാണ് കുട്ടികൾ നല്ല വീരോ കഠോരോ ക്രൂരന്മാരായ കഠോരന്മാരായ അവരെക്കൊണ്ട് എന്നെ ദൃശ്യാമ ഇത് കാണാൻ ഞങ്ങളെ പറ്റില്ല ഇത് ക്രൂരതയാണ് ഇതല്ല നല്ല എന്നൊക്കെ ജനങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് ഭഗവാനാണെങ്കിലോ ചാണൂരം കരാൽഭ്രമണ വികളിതും തന്റെ കൈ കൊണ്ട് കാലി പിടിച്ചുകൊണ്ട് കളിപ്പാവ പോലെ ചുഴുറ്റി ചുഴുറ്റി ചുഴുറ്റി അവനെ ശരിയാക്കി വലിച്ചേർന്നു അത് മുഷ്ടികാവിഹലിനാധ്രുതം ബലരാമനും അതുപോലെ തന്നെ ആ മുഷ്ടികനെ പിടിച്ച് അടിച്ചടിച്ച അവനെയും നഷ്ടശിഷ്ടയെ അവരെ രണ്ടുപേരെയും കൊല്ലപ്പെട്ടു പറയുകയാണ് കംസനാണെങ്കിലോ കംസസ് സംവാര്യദൂര്യം ഖലമതിരവിതൻ കാര്യമാര്യൻതം വ്യാപ്തമൂർത്തേൽ ദൂരമുസാരണായ दुष्टो दुष्टो दुष्टो <laughs> दूरे ോ ദുഷ്ടോക്തിരുടെ ദൂരെ നിന്ന് തന്റെ പരാക്രമികളായ ചാണോര പുഷ്ടികന്മാരെ ശ്രീകൃഷ്ണ ഭഗവാനും ബലിരാമസ്വാമി കൊല്ലുന്നത് കണ്ട് കംസൻ വാദ്യഘോഷങ്ങളുണ്ട് ഈ മല്ലയുദ്ധത്തിന് അതെല്ലാം നിർത്തി തുര്യം സംവാര്യ നിത് നിർത്തൂ എല്ലാവരോട് നിർത്താൻ എന്നൊരു ഉഗ്രമായ ശാസനം ആരെവിടെ കൊല്ലു വസുദേവനെ കൊല്ലു നന്ദഗോപരെ കൊല്ലു എന്റെ പിതാവായിരിക്കുന്ന ഉഗ്രസേനെ കൊല്ലൂ എന്നിട്ട് കുട്ടികളെ ദൂരം കുട്ടികളെ രണ്ടുപേരെയും ആട്ടി ഓടിക്കുവിടുന്നത് രണ്ടുപേരെയും ഓടിക്കൂ എന്നെല്ലാം ഇപ്രകാരം പറഞ്ഞതും ഭഗവാനാണെങ്കിലോ ഗിരിം ഗരുഡ ഒരു ഗരുഡൻ പർവ്വതത്തിന്റെ പുകളിൽ വന്നിരിക്കുന്നത് മഞ്ചം മഞ്ചൻ ഭഗവാൻ ഒരൊറ്റ ചാട്ടത്തിന് തന്റെ അമ്മാവനിരിക്കുന്ന ആ മഞ്ചത്തിലേക്ക് ചാടി പുതഞ്ജൽഗ്യാൽ ആ കംസലത വാളെടുത്ത് വലിച്ചു പതിനാല് വർഷമായി കാത്തിരിക്കുന്നു അന്ന് തുടങ്ങിയതാണ് എട്ടാമത്തെ പുത്രൻ എന്നുള്ള ഞെട്ടലിൽ വന്നതാണ് പിന്നീട് എവിടെ നോക്കിയാലും ഒരു കുട്ടിയുടെ രൂപം തന്നെ പിന്തുടരുന്ന കണ്ടതാണ് ഇന്നീട് ആ കാർമ്മിക വർഷമായി താൻ കാത്തിരിക്കുന്ന ശത്രു തന്റെ മുന്നിൽ വന്നിരിക്കുന്നു മറ്റാരുമല്ല സ്വന്തം സഹോദരിയുടെ പുത്രൻ ആ പുത്രനെ ഒരു നോട്ടം കണ്ടതും ആ ഭഗവാൻ ഒരു നിമിഷം അമ്മാവിന്റെ മുഖത്തേക്ക് നോക്കി ആ കയ്യിലിരുന്ന ബാളങ്ങോട്ട് തട്ടിമാറ്റി എന്നിട്ടോ സദ്യോ നിഷിഷ്ടന്ധി ഭുവി നരപതിമാവത്തോ വരിഷ്ടൽ തുയ്യാപത്യേ തദുപരിപതി പുഷ്പവൃഷ്ടിംകം ബ്രൂമസ്തം സതതമവിയാൽഗദാത്മാജേ സാുധ്യം തദ്ദോത്ത പരമരവൃമ വാസന കാല ഷ്പിഷ്ട സന്ധ്യം ഭഗവാൻ സന്ധ്യ ഉടച്ചുവാണ് ജോയിന്റൊക്കെ ശരിയാക്കി കളഞ്ഞു ആടിച്ച് തകർത്ത് കളഞ്ഞു നരവതി ഭൂിയാപാത്യ ആ ഭൂമിപാലനായ കംസനെ ഭൂമിയിൽ വീട്ടിക്കൊണ്ട് തസ്യ ഉപരിഷ്ടാൽ അമ്മാവന്റെ പുറത്തു കയറി എന്നിട്ടോ രണ്ടിടിയോട് തൊയ് അപാത്യെ അങ്ങനെ ഇടിച്ചു ശരിയാക്കി അധികൊന്ന് സമയം വേണ്ടിയാൽ രണ്ടിടിയിൽ അമ്മാവൻ തീർന്നു കാരണം പതിനാല് കൊല്ലമായിട്ട് ഭഗവാനെ സ്മരിച്ച് സ്മരിച്ച് ഹാർട്ട് വളരെ വീക്കായിരുന്നു അതുകൊണ്ട് രണ്ടിരിക്കുക തന്നെ കംസന് കംസന്റെ പണി തീർത്തു അപ്പോഴേക്കും ദേവന്മാരവിടെ പാത്രമായിട്ട് കാത്തിരിക്കുകയാണ് എന്ത് അവരവിടെ നാഗിനാം പുഷ്പവൃഷ്ടി അവർക്ക് തന്നെയാണ് അസ്മയം അവർക്ക് ബക്കറ്റായിട്ട് കാത്തിരിക്കുക താഴെന്താ നടക്കുന്നത് ഇവിടെ ടെറസ് ആയതുകൊണ്ടാവാം അല്ലെങ്കിൽ അവരേം പൂക്കളുടെയായിരുന്നു വയം കിം ഇപ്രകാരം ബിയാബി സതം ആ പോലും ആശ്ചര്യമായി എന്താ അത്ഭുതം തന്നെയല്ലേ ആ കംസന് സായുധ്യം തന്നെ ഭഗവാൻ നൽകി പണ്ഡിപൻ കാലനേമിയായിരുന്നു അന്നും ഭഗവാനെ കൈകൊണ്ടാണ് ഇവന് മരണമുണ്ടായിരിക്കുന്നത് വാമനമൂർത്തി വന്നതിന് ശേഷം കാലനേമി തുടങ്ങിയിട്ടുള്ളവരുമായിട്ടുള്ള യുദ്ധത്തിന് ഭഗവാൻ അവതരിച്ചു എന്നുള്ളൊരു കഥ നമ്മുടെ നാരായണീയത്തിൽ തന്നെ കാണേണ്ടായി ആ കാലനേമിയാണ് പിൽക്കാലത്ത് കംസനായിത്തരുന്നത് ഇന്നിതാ കൃഷ്ണരൂപത്തിൽ വന്ന് ഭഗവാൻ അവന് വധിച്ചിരിക്കുന്നു എന്നിട്ടോ തൽരാതൂനഷ്ടി ദ്രുതമത പിതനോ സന്നമന്സേനാജന്നമുചൈയത് കുലമഗിം മോദയൻ കാമധാനേ ഭത്തവമരഗു ആത്മനീതി സഗ്വാത്തുഷ്ടോദര അവനപുരപത്തെ ഋന്തിമേ സർവോൻ കൊല്ലപ്പെട്ടപ്പോ കംസന്റെ എട്ട് സഹോദരന്മാര് അവന്റെ ആളുകൾ ഭഗവാനോട് യുദ്ധത്തിന് വന്നപ്പോ അഷ്ടത്തദ്ഭാതോന് അവന്റെ എട്ട് സഹോദരന്മാരെയും കൊന്നുകൊണ്ട് ഭഗവാൻ കംസഭയത്തിൽ നിന്നും കംസകരത്തിൽ നിന്നും അവന്റെ ആളുകളിൽ നിന്നും മധുരൈ മുക്തമാക്കി അങ്ങനെ ഭഗവാന്റെ അവതാരലീലയിലെ പ്രധാനപ്പെട്ട ഒരു ഇനമായിരുന്നു കംസവധം അത് കഴിഞ്ഞു ഇനി എന്ത് വേണം ജയിലിൽ കടക്കുന്ന അച്ഛനമ്മമാരെ മുക്തമാക്കണം പോയി ദ്രുതമതവിതരൂസൻ അവിടെ ചെന്നു ജയിലിലെ അറകളൊക്കെ തുറന്ന് അച്ഛനമ്മമാരെ മുക്തമാക്കി ഭഗവാൻ നമസ്കരിച്ചപ്പോ അച്ഛനും അമ്മയും കൈകൂപ്പിത്തുള്ളു ഭഗവാൻ കണ്ടു നിറയുന്നത് പോലെ കാണിച്ചു ഇത്രയും കാലം അച്ഛ വരാതിരുന്നതിന് കാരണം അച്ഛനറിയാമല്ലോ അച്ഛൻ കംസനെ ഭയന്നിട്ടിരിക്കുന്നു അതുപോലെ തന്നെ എങ്ങോട്ട് വരാനുള്ള സാഹചര്യം ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ക്ഷമിക്കണം അപ്പോഴേക്കും അമ്മയ്ക്ക് പുലപ്പാലെല്ലാം ചുരന്നു അമ്മ ആലിംഗനം ചെയ്ത് കുഞ്ഞ് കൃഷ്ണനെയും രാമനെയും മടിയിലിരുത്തിയപ്പോഴാണ് നന്ദഗോപർക്ക് മനസ്സിലായത് പതിനാല് കൊല്ലം മനസ്സിലാവാത്തൊരു കാര്യം അന്ന് മനസ്സിലായി എന്നാണ് ഞാൻ പുത്രരൂപത്തിൽ എടുത്തുവളർത്തിയ കൃഷ്ണൻ യശോദ പുത്രരൂപത്തിൽ കൊളിപ്പിച്ച് പുലപ്പാലൂട്ടിയ കൃഷ്ണൻ ദേവകീദേവിയുടെയും വസുദേവന്റെയും പുത്രരായിരുന്നു എന്നുള്ളൊരു സത്യം ആ സത്യത്തെ ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് പെട്ടെന്ന് സാധിച്ചില്ല ഓടിച്ചെന്ന നന്ദഗോപരെയൊക്കെ ആലിംഗനം ചെയ്ത് പറയും ഞാൻ തിരിച്ചു വരും അച്ച അമ്മയോട് പറയണം ഇതെല്ലാം കംസഭയത്താൽ മറച്ചുവെച്ച സത്യങ്ങളായിരുന്നു അതുകൊണ്ടായിരുന്നു എനിക്ക് സംഭവിച്ചത് എന്ന് വെച്ച് നിങ്ങൾ അച്ഛനമ്മമാരല്ലാതിരിക്കില്ല ഇത്രയും കാലം നിങ്ങൾ നോക്കിയില്ലേ ഞങ്ങളെ തീർച്ചയായിട്ടും ഞങ്ങൾ അനുഗ്രഹിക്കും നിങ്ങളെ എന്നും നിങ്ങളുടെ കൂടെയുണ്ടാവും എന്നെല്ലാം പറഞ്ഞ് അനുഗ്രഹിച്ച് നന്ദഗോപുരേയും ഗോപന്മാരെയും പറഞ്ഞു വല്ലാത്തൊരു അനുഭവമാണ് ഇതൊക്കെ കൊല്ലം വളർത്തിയിട്ട് പെട്ടെന്ന് എന്റെ കുട്ടിയെല്ലാം എന്നറിയുമ്പോണ്ടാവുന്നൊരു വേദന സാധാരണ മനുഷ്യന് സഹിക്കാൻ പറ്റില്ല ആ നന്ദഗോപർക്ക് അങ്ങനെയൊരു അനുഭവം ഉണ്ടായി എന്ന് പറയാണ് അത് കഴിഞ്ഞ് ഉഗ്രസേനം കൃത്വരാജൻ നേരത്തെ ഉഗ്രസേന ചക്രവർത്തിയായിരുന്നു അദ്ദേഹത്തിനെ തന്നെ രാജ്യമേൽപ്പിച്ചു അതുകഴിഞ്ഞ് യതുകുലമകിലം മോദയൻ എല്ലാ യാദവന്മാരെ സന്തോഷിപ്പിച്ചുകൊണ്ട് കബസനെ പേടിച്ച് ഭയന്നോടിയവരെല്ലാം തിരിച്ചു വന്നു ഇതിനുശേഷം ഭഗവാന് മറ്റൊരാളെ കിട്ടി ഭക്താനാമുത്തമം ഉദ്ധവം ആരാണ് അദ്ദേഹം അമരഗുരു ബൃഹസ്പതിയുടെ ശിഷ്യനായിരിക്കുന്ന ഭക്തന്മാരിൽ വച്ച് ഉത്തമോത്തമനായിരിക്കുന്ന അതീവ ബുദ്ധിമാനായിരിക്കുന്ന ഭഗവാൻ ആ ഉദ്ധവരെ ആപ്തനീതി പ്രധാനമന്ത്രിയായി വായിച്ചു പോരാത്തതിന് സഹായം തന്റെ കൂടെ നടക്കാൻ കൂടുതൽ സ്വാതന്ത്ര്യമുള്ള ഒരാളായി ആര് ഉദ്ധവര് ഇപ്രകാരമെല്ലാം ഭഗവാൻ എല്ലാവരെയും സന്തോഷിപ്പിച്ചു അങ്ങനെ സന്തോഷിപ്പിച്ച ഗുരുവായൂരപ്പ എന്നെയും ലോകത്തിൽ നിന്ന് ഉയർത്തി സന്തോഷിപ്പിക്കണമേ എന്ന് പട്ടതിപ്പാണ് പറഞ്ഞ് ഉപസമിരി മധുരയിൽ വസിക്കുന്ന കാലം ഉഗ്രസേന ചക്രവർത്തി രാജാവാണ് അതുപോലെ ഉദ്ധവര് പ്രധാനമന്ത്രിയാണ് കാലം മുന്നോട്ടു പോയപ്പോ ഭഗവാൻ സാന്ദീപിനി മാഷിയുടെ ആശ്രമത്തിൽ അവിടെ ചെന്ന് ഗുരുകുല ചെയ്ത് അറുപത്തിനാല് ദിവസം കൊണ്ട് അറുപത്തിനാല് കലകളെ പഠിച്ചെടുത്ത് ഗുരുദക്ഷിണ സമർപ്പിക്കാൻ നേരത്ത് ഗുരുവിനോട് ചോദിക്കും എന്ത് ദക്ഷിണയാണ് അങ്ങേക്ക് ഞാൻ സമർപ്പിക്കേണ്ടത് ഭഗവാന്റെ മഹിമ അറിയുന്ന സാന്ദീപിനി മഹർഷി ഗുരുദക്ഷിണയായി ചോദിക്കുന്നത് പണ്ട് തന്റെ പുത്രൻ കുളിക്കാൻ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല നഷ്ടപ്പെട്ടുപോയ പുത്രനെ തരാനുള്ള കഴിവ് കൃഷ്ണനുണ്ട് ഭഗവാന്റെ ശക്തിയും മഹാത്മ്യവും അറിയുന്ന ആ ഗുരു തന്റെ പുത്രനെ തനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ അസാധ്യമായ കാര്യം ഭഗവാൻ സാധിപ്പിക്കാൻ നിശ്ചയിച്ചു അങ്ങനെ ഭഗവാൻ പഞ്ചജനൻ എന്ന് പറയുന്ന ഒരു അസുരനെ കണ്ട് അവനെ കൊന്ന് അവനിൽ നിന്ന് പാഞ്ചതന്യത്തെ എടുത്ത് ഭഗവാൻ വരുണലോകത്തിൽ ചെന്നപ്പോ ആ കുട്ടി വരുണലോകത്തിലല്ല ഉള്ളത് അവിടെ നിന്ന് പിന്നീട് സൂക്ഷ്മരൂപമെടുത്ത് കാലന്റെ അടുത്ത് എന്ന് ധർമ്മരാജാവിന്റെ ആ കുട്ടിയെ കൊണ്ടുവന്ന് ഗുരുവിനെ സമർപ്പിച്ചുവെന്നാണ് കഥ ഇപ്രകാരം അസാധ്യമായതുപോലും ചിലപ്പോ ഭഗവാന് സാധ്യമാക്കി തീർക്കാൻ സാധിക്കും എന്ന് ഗുരുവിന് ബോധിപ്പിച്ചു കൊടുത്തുകൊണ്ട് പോന്നു മധുരയിൽ വസിക്കുന്ന കാലം തന്റെ പ്രിയങ്കരനായ ഉദ്ധവനെ ഉദ്ധവനാണെങ്കിലോ ജീവിതം തന്നെ കൃഷ്ണാർപ്പിതമാണ് ഭഗവാൻ കഴിച്ച പാത്രത്തിലെ ഉദ്ധവൻ കഴിക്കല്ലോ ഭഗവാൻ ഉടുത്തഴിച്ചിടുന്ന വസ്ത്രമേ ഉദ്ധവര് ധരിക്കുള്ളു ഭഗവാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളെ വിരിയൊക്കെ ഉദ്ധവരുപയോഗിക്കുള്ളൂ കൃഷ്ണന് വേണ്ടി വിവാഹം പോലും മാറ്റിവെച്ച ആളായിരുന്നു ഉദ്ധവര് അത്രയും സമർപ്പണം കൃഷ്ണൻ എന്ത് ചിന്തിക്കുന്നുവോ അതേപോലെ ചിന്തിക്കാൻ കഴിവുള്ളവൻ ഒരു ദിവസം ഉദ്ധവരെ വിളിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ഉദ്ധവരെ അങ്ങൊരു ഉപകാരം ചെയ്യണം എനിക്ക് പ്രിയങ്കരികളായ ഗോപികമാരെയും അതുപോലെ തന്നെ എന്റെ അച്ഛനമ്മമാരായ നന്ദഗോപാദികളെയും ശ്വസിപ്പിക്കണം ഞാൻ അവരോട് വരാമെന്ന് വാക്കുകൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്ക് പോവാൻ സാധ്യല്ല അതുകൊണ്ട് എനിക്ക് പകരം ദൂതനായി അങ്ങുപോണം അങ്ങനെ ഭഗവാൻ ഉദ്ധവരെ ദൂതനായി പറഞ്ഞേക്കുന്ന ഉദ്ധവ ദൂത് എന്ന് പറയുന്ന ഭാഗമാണ് എഴുപത്തിയാറാമത്തെ ദശകത്തിന് ചതുഷ്ടി മാത്രേ ര സർവജ്ഞത്വം സഹ മുസലിന സർവവിദ്യ ഗഗൃഹീത്ത പുത്രം നഷ്ടം യമനിലയനാൽ ആഹൃതം ദക്ഷിണാർത്ഥം നിരപുരമകും മുസലിന സഹസാദീപനി സർവജ്ഞ എല്ലാം അറിയുന്നവനാണെങ്കിലും ഒരു മാനുഷവേഷേണ മാനുഷഭാവത്തിൽ ഭഗവാൻ ഗുരുവായിരിക്കുന്ന സാന്ദീപനി മഹർഷി ആശ്രമത്തിൽ ശശുഷ്ടഷ്ടേ ഹോബി അറുപത്തിനാല് ദിവസം കൊണ്ട് അറുപത്തിനാല് കലകളും പഠിച്ചുകൊണ്ട് സർവവിദ്യ ഗ്രഹിത്വ എല്ലാ വിദ്യകളും ഗ്രഹിച്ചുകൊണ്ട് നഷ്ടം യമനിലയനാൽ ആഹൃതം പുത്രം തസ്മേതത്വ നഷ്ടപ്പെട്ടുപോയ ഗുരുവിന്റെ പുത്രനെ യമരാജാവിന്റെ എടുത്തുപോയി കൂട്ടിക്കൊണ്ടുവന്ന് ഗുരുവിന് കൊടുത്തുകൊണ്ട് പാഞ്ചന്യം പഞ്ചജനൻ എന്ന് പറയുന്ന അസുരനെ വധിച്ച് പാഞ്ചജന്യത്തെ എടുത്ത് ആ ശങ്കുവിളിച്ചുകൊണ്ട് തിരിച്ച് മധുരയിലേക്ക് വന്നു എന്നിട്ടോ സ്മൃത്ത സ്മൃത്ത പശുപസദ പ്രേമവാര പ്രണുൻന കാരുണ്യനത്തമ വിവശ രാണോ രുദ്ധവന്തഷ്മൈ പരമസുഖേ ഭപരസാ ഭക്തിദ്രേകുവിനി ദുർലഭം ദർശിഷ്യൻ പ്രേമവാര പ്രണുന് പശുപദശ സ്മൃത് സ്മൃത്ത തന്നിൽ മനസ്സർപ്പിച്ച തനിക്ക് വേണ്ടി പ്രാണൻ വഹിക്കുന്ന തന്നെ ഓർത്ത് ശ്വാസമെടുക്കുന്ന തന്നെ ഓർത്ത് ഗൃഹകൃത്യങ്ങൾ ചെയ്യുന്ന ഗോപികമാരെ ഓർത്തപ്പോ ഭഗവാൻ കാരുണ്യേന ഭഗവാൻ കാരുണ്യം തോന്നി ഇനിയും താനിങ്ങനെ അകന്നിരിക്കാൻ പാടില്ല ഒരു കാര്യം ചെയ്യാം ഉദ്ധവനെ പറഞ്ഞേക്കാം പരമസുഹൃതേ ഭക്തവര്യായ ദാസം ആ പരമസുഹൃത്തായ ഉദ്ധവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു സകലഭുവനീ ദുർലഭം പ്രേമം സകലഭുവനത്തിലും ദുർലഭമായിരിക്കുന്ന ഭക്തി ഉദ്ധവരെ നേരിട്ട് കാണോ അങ്ങേക്ക് ഭക്തി കാണണമെങ്കിൽ വൃന്ദാവനത്തിൽ ചെല്ലണം എന്ന് പറഞ്ഞ് ആ ഉദ്ധവരെ ദർശയിഷ്യൻ ഉദ്ധവരെ വൃന്ദാവനത്തിൽ പറഞ്ഞേച്ച് ആ ഭക്തിയെ കാണിച്ചു കൊടുക്കേണ്ട ഭഗവാൻ തന്മാഹാത്മ്യ പ്രതിമഭിഷുനം ഗോകുലം പ്രാപ്യസായം തദ്വാക്താവിർബുസരമയാ മാസനന്ദം യശോദർദൃഷ്ടണിമയരഥം ശങ്കിതാ പങ്കജാക്ഷ്യ ശുവാ പ്രാപ്തം ഭവതനുചരം രക്തകാരിയാസമിയോ ഇനി നിങ്ങൾ കൃഷ്ണനെ ഹൃദയത്തിൽ കാണാൻ പഠിക്കൂ ഇതുവരെ നിങ്ങൾക്ക് കൃഷ്ണൻ കൺമുമ്പിലായിരുന്നു അതുകൊണ്ട് അനുഗ്രഹീതരായവരെ അനുഗ്രഹിച്ച് പിറ്റേ ദിവസം പ്രാതർദുഷ്ടാമണിമയരഥം ശങ്കിതാ പങ്കജാക്ഷ്യ ആ ഗോപസുന്ദരികള് മുമ്പിൽ രഥം കിടക്കുന്നത് കണ്ടപ്പോ ആരുടെയാണ് രഥം ആരാ വന്നിരിക്കുന്നത് അപ്പോഴാണ് പിതാംബരധാരിയായിട്ട് ഒരാളെ കാണുന്നത് ശങ്കിത അവർക്ക് തോന്നി കൃഷ്ണനാണോന്ന് പിന്നെയാ മനസ്സിലായത് കൃഷ്ണവേഷത്തിൽ വന്നിരിക്കുന്നത് ഭഗവാന്റെ പരമസുഹൃത്തായിരിക്കുന്ന പ്രധാനമന്ത്രിയായിരിക്കുന്ന ഉദ്ധവനാണ് അവര് വേഗം എല്ലാ കാര്യങ്ങളും വിട്ട് വേഗം അങ്ങോട്ട് നന്ദഗോപിന്റെ ഗ്രഹത്തിലേക്ക് ഓടിച്ചെന്നു എന്നിട്ടോ ദൃഷ്ടം ഭഗവാന്റെ വേഷഭൂഷാദികൾ അണിഞ്ഞിരിക്കുന്ന ഉദ്ധവരെ കണ്ടപ്പോ അവര് കൃഷ്ണനെ തന്നെ മനസ്സിൽ ഉറച്ചുകൊണ്ട് കണ്ടുകൊണ്ട് താനിതാനി വിലസുതാനി ഉച്ചകി സ്മൃത്മൃത്വ രുദ്ദാലാപ അവർക്ക് കൃഷ്ണസ്മരണ വന്ന് കണ്ടുനീർ പുതുക്കിക്കൊണ്ട് അവരെ എന്തെല്ലാമോ അദ്ദേഹത്തോട് പറയാൻ തുടങ്ങി അലം വിസ്മരന്ത്യ എല്ലാം വിസ്മരിച്ചു അവരെ അവരെ ഭഗവാനോട് സംസാരിക്കുന്ന വണ്ണം അവർക്ക് തോന്നി ഉത്തവരോട് സംസാരിക്കുന്നത് എന്നിട്ടോ ശ്രീമാൻ കിം തും ജനകൃതേ പേഷിതോ നിസോ കാാന്തോ നഗരസുദശാം ആ ഹരേ നാഥപായ ആശ്ലേഷാണ മൃതവപുഷോ അന്തതേ ചുംബനാനം ഉന്മാതാനാം വിസ്മരേ കാന്തകാവാ ബുദ്ധവരാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് കണ്ടപ്പോ പ്രേമവിരഹത്താൽ വേദനിച്ച ഗോപികൾ പറഞ്ഞു ഹാ നിർദ്ദയേന എന്തൊരു നിർദ്ധയമാണ് കൃഷ്ണൻ കാണിച്ചത് എല്ലാം വിട്ടുകൊണ്ട് പോയില്ലേ പ്രതിജനകൃതയ്ക്കും ഇപ്പോ അച്ഛനമ്മമാരെ കാണാൻ വേണ്ടിയിട്ടല്ലേ അങ്ങേ പറഞ്ഞത് ഞങ്ങളെ ആരോർക്കാൻ നഗരസദൃശാംകാന്ത ഇപ്പോ അദ്ദേഹത്തിന്റെ മധുരാ പട്ടണത്തിലെ സുന്ദരികളുണ്ടല്ലോ അല്ലാതെ ഇപ്പൊ ഞങ്ങൾക്ക് ആരാണുള്ളത് ഇപ്രകാരം പറഞ്ഞ് അമൃതവുഷേതേ ആശ്ലേഷണം ചുംബനാനാം ഞങ്ങളെ ആശ്ലേഷിച്ചു ചുംബിച്ചു അതുപോലെ ഉന്മാദാനം ഞങ്ങൾക്ക് ഉന്മാദം തന്നു ഇപ്പോ എല്ലാം വിട്ടുകൊണ്ട് കൃഷ്ണൻ പോയില്ലേ ഞങ്ങൾക്കാരും ഇല്ലാതെ ഇല്ലേ എന്നെല്ലാം പറഞ്ഞ് ഇതൊക്കെ ഞങ്ങൾക്ക് വിസ്മരിക്കാൻ പറ്റുമോ ഉദ്ധവരെ എന്ന് പറഞ്ഞ് ഭഗവാൻ ചെയ്ത ലീലകളൊക്കെ അവർ ഓർക്കാൻ തുടങ്ങി രാസക്രീഡാലുളിതലളിതം വിശ്ലതൽ കേശവാശം മന്തോൽഭിന്നശ്രമചരകണംോപനീയം ത്വതംഗം കാരുണ്ാ സഹതബി സമാലിംഗിതം ദർശയേദി പ്രേമോന്മാതൽ പുവനവദന അവിടുന്ന് കാരുണ്യനിധേ രാസക്രീഡാലുളിതലിതം വിശ്വസൽകേശാശം ഞങ്ങളോടുത്ത് രാസലീല കളിക്കുമ്പോ അവിടുത്തെ മുടി അഴിയേണ്ടായി അതിനനുസരിച്ച് മന്ദോൽഭിന്ന ശ്രമേണം ലോപനീയം വേർപ്പ് പൊടിഞ്ഞിരിക്കുന്ന ആ ശരീരം അന്ന് ഞങ്ങൾ ആലിംഗനം ചെയ്ത് ചുംബിച്ച ശരീരം സമാലിംഗും ഒരിക്കൽ കൂടി ആലിംഗനം ചെയ്ത് ചുംബിക്കാൻ ഞങ്ങൾക്ക് മോഹമുണ്ട് ഹേ ഭുവനമന തൽപ്രിയ ഞങ്ങൾ പ്രിയകളല്ലേ ഞങ്ങൾക്ക് വീണ്ടും അങ്ങേ ഒന്ന് അനുഭവിക്കണം ഞങ്ങളടുത്തേക്ക് എപ്പോഴാണ് പ്രേമോന്മാദത്വം അവരെല്ലാം പ്രേമോന്മാദം കൊണ്ട് ഇപ്രകാരം അങ്ങേ ഓർത്ത് വിലപിക്കാൻ തുടങ്ങി ഏവം പ്രായേ വിവശവചനേ ആകുലാൽ സന്ദേശേ പ്രകൃതിമനേ സോദവിജ്ഞാനൂയസ്താബുതമതിന്മയീർവധൂ പ്രകാരം ആ ഉദ്ധവര് ഇങ്ങനെ ഗോപികമാരെ കൃഷ്ണനെ ഓർത്ത് കേഴുന്നത് കണ്ട് അത്യധികം ഉദ്ധവർക്കും ആ ഗോപികമാരോട് ആദരവ് തോന്നി വിവശവചനീയാകുല ഗോപിക വിജ്ഞാനഗർഭി പിന്നെ ക്രമേണ ഭഗവാൻ തന്നയച്ചിരിക്കുന്ന സന്ദേശം പറഞ്ഞുകൊടുത്തു ഗോപിയമാരെ ഞാൻ നിങ്ങളെ മറന്നിട്ടില്ല ഇപ്പോ നമുക്ക് മനസ്സുകൊണ്ടാണ് നാം നമ്മൾ രണ്ടും അടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ശരീരം കൊണ്ടെടുക്കാൻ സാധ്യല്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ അന്തികയിൽ കാണാം ഹൃദയത്തിൽ കാണൂ ഞാൻ എന്നും നിങ്ങളുടെ കൂടെയുണ്ട് ഇപ്രകാരമെല്ലാം പറഞ്ഞ് അവിടെ അവരുടെ കൂടെ ഭഗവാൻ ബുദ്ധവർ നിന്നപ്പോൾ ക്രമേണ ക്രമേണ ആ ബുദ്ധവർക്ക് ഗോപികമാരുടെ കൃഷ്ണനിലുള്ള പ്രേമഭക്തി സമർപ്പണം മനസ്സിലായി എന്ന് പറയാണ് അങ്ങനെ കുറച്ചുകാലം ദിവസങ്ങൾ കാനചൽവാസരാണി അവിടെ വസിച്ചു എന്നാണ് തൽപോദ് സഹിതമനിശം സർ ഗേഹകൃത്യം തദ്ർത്ത പ്രസരതി മിഥോത്സാവലാ ചേഷ്ട്രാസദന ഹൃദയ തന്മയം സർവേയം ദൃഷ്ടഗതം വിസ്മയാ ഗേഹകൃത്യം മനിശം തൽ സഹിതം രാവിലെ തുടങ്ങുന്നു തന്നെ അവർ കൃഷ്ണനെ വിളിച്ചുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ആ ഗോപിയമാരുടെ ഓരോ അനുഭവവും കൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടപ്പോ ഉദ്ധവർക്ക് അതിശയമായി തൊൽവാർത്താ ഏവം പ്രസരതി ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഉത്സാഹത്തോടെ ജീവിതം തുടങ്ങുന്ന അവരുടെ ചേഷ്ടാപ്രായത്വത്തിനു കൃതയ സർവം തന്മയം ദൃഷ്ട എല്ലാറ്റിലും കൃഷ്ണമയം ഉദ്ധവർക്ക് കാണാൻ പറ്റി ആ ഗോപികമാര് വില്ലമംഗല സ്വാമികൾ പറയും ആ ഗോപികമാര് വെണ്ണ വിൽക്കാനും മോര് വിൽക്കാനും തൈര് വിൽക്കാനൊക്കെ പോവത്രേ പാല് വിൽക്കാനൊക്കെ പാല് വേണോ എന്നൊക്കെ വിളിച്ചു ചോദിക്കേണ്ടത് പക്ഷെ അവരുടെ നാവിൽ നിന്ന് പാല് വേണോ വെണ്ണ വേണോ നല്ലത്രേ വരിക ഗോവിന്ദനെ വേണോ മാധവനെ വേണോ എന്ന് ചോദിക്കത്രേ അങ്ങനെയാണ് വില്ലമംഗല സ്വാമികൾ പാടുന്നത് ഗോവിന്ദ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മോരാരേ ഹേ നാദനാരായണവാസുദേ ഇപ്രകാരം ശ്രീകൃഷ്ണനെ അവരുടെ ഓരോ അനുഭവത്തിലും അനുഭൂതിയിലും കണ്ട് ആ ഗോപിയമാര് നടക്കുമ്പോ എല്ലാം കൃഷ്ണമയമായി കാണാൻ ഉദ്ധവർക്കും സാധിച്ചു ഉദ്ധവർ പറയുന്നു ഇത് വളരെയധികം അത്യാശ്ചര്യം തന്നെ അത്ഭുതം തന്നെയാണ് പ്രവീതി ിം മൗനം കലയസിസകേൽപ്രിയേവാസീ തൊൽപ്രിയോ നിർമനീനം ബുദ്ധവര് രാധാദേവിയെ കണ്ട സമയത്ത് ആ രാധയോട് പറയുകയാണ് രാധെ ഇപ്രകാരം കൃഷ്ണൻ പലപ്പോഴും രാത്രികളിൽ എന്നോട് പറയാറുണ്ട് ഇതെന്റെ രാധയ്ക്കേറ്റവും പ്രിയപ്പെട്ടത് ഇതം മേ രാധായ പ്രിയതമം മൽപ്രിയായവം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണ് രാധ എന്ന് പറയാറുണ്ട് അതുപോലെ പറയുന്നുണ്ട് ഇവക്കും മൗനം കലേസി എന്താവോ എന്റെ രാധ മൌനമായി തിരിക്കുന്നത് ഇത്യാദിയേവ തൊൽപ്രിയേ നിമജനെ തന്നെ മനസ് കൃഷ്ണൻ ഇങ്ങനെയൊക്കെ പറയാറുണ്ടെന്ന് രാധയോട് പറഞ്ഞപ്പോ ആ രാധയും കൃഷ്ണസ്മരണത്താൽ അത്യധികം ആനന്ദ ഒരു ഉത്സവത്തിലായി ആനന്ദനിമഗ്നയായിത്തീർന്നു ഇങ്ങനെ ഭഗവാൻ രാധയെക്കുറിച്ച് ഓർക്കുന്നത് ഉദ്ധവർ പറയുമ്പോ കോപികമാർക്ക് വീണ്ടും കൃഷ്ണനോടുള്ള ആ പ്രേമം ഒന്നുകൂടി വർദ്ധിക്കുകയാണ് പ്രിയാണ് യേശ്യാമിഗനുപഗമം കേവലം കാര്യഭാര്യ വിശ്ലേഷേ വിസ്മരണ ദൃഢത സംഭവാദ ബ്രഹ്മാനന്ദേ മിളദിനജരാൽ സംഗമോ വാഗ തുല്യോതി സവഗിരാഗരോ നിർവദാസ്ത